അതായത് ദേവദോപാസനയും കർമാനുഷ്ഠാനവും അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ മൂന്ന് മന്ത്രങ്ങളും സംഭൂതി വാസന അസംഭൂതി വാസനുറിച്ച് പറഞ്ഞു പ്രകൃതി ഉപാസനയും അതിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ രണ്ടടത്തും ഇതിന്റെ പ്രത്യേക ഉപാസന നിഷേധിച്ചു സമുച്ചയ ഉപാസന അതിനെ സ്വീകരിക്കുന്നു അതിനാലാമത്തെ മന്ത്രം അതോടെ വരുമ്പോഴേ അത് പൂർത്തിയാകത്തുള്ളൂ ഉപാസനയോ യുക്തവുരുഷാർത്ഥം അത ഇക്കാരണത്താണെന്താണ് കാരണം ഇത് പ്രത്യേകമായിട്ടുള്ള ഉപാസനം അതിനു നിഷേധിച്ചിരിക്കുന്നു അതുകൊണ്ട് അന്യദേവാഹു സംഭവ അന്യദാഹുര സംഭവം എന്നുള്ളതാണ് ഫലം വേറെ വേറെയാണ് രണ്ടും പ്രത്യേകം രണ്ടു പ്രത്യേക ഉപാസനയും നിഷേധിച്ചിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നടത്തുന്നു അതുകൊണ്ട് സമുച്ചയ സംഭൂതി അസംഭൂതി ഉപാസനയോ യുക്തയേവ അതുകൊണ്ട് സംഭൂതി അസംഭൂതി ഉപാസനകൾ സമുച്ചയം യുക്തം തന്നെ ഏക പുരുഷാർത്ഥത്വച്ച രണ്ടിനും കൂടി ഏകപുരുഷാർത്ഥം ഒരു പുരുഷാർത്ഥമാണ് ലഭിക്കുന്നത് ഇത്യാഹാദാണ് അടുത്ത് പറയുന്നത് സമുച്ചയമായ ഉപാസനയെ പാടലോ രണ്ടും സമുച്ചയമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതായത് വേറെ വേറെ അനുഷ്ഠിക്കുകയാണെങ്കിൽ പ്രത്യേക ഫലമാണെങ്കിലും സമുച്ഛയമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഏക അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് ഒമ്പത് പത്ത് പതിനൊന്ന് ഒമ്പതാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് വിദ്യ അവിദ്യ കർമാനുഷ്ഠാനവും ദേവത ഉപാസനയും അത് വെവ്വേറെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സംസാരമാണ് ഫലം അല്ലെങ്കിൽ അജ്ഞാനമാണ് അന്ധകാരമാണ് ഫലമെന്ന് പറഞ്ഞു പത്താമത്തേലും രണ്ടിന്റെയും ഫലം വേറെ വേറെയാണെന്ന് പറഞ്ഞു പതിനൊന്നാമത്തേല് പറഞ്ഞു രണ്ടു ഒരുമിച്ച് അനുഷ്ഠിക്കണം പറഞ്ഞു പന്ത്രണ്ടില് വീണ്ടും സംഭൂതി അസംഭൂതി പിന്നെ ഇത് പ്രത്യേകിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സംസാരമാണ് ഫലമെന്ന് പറഞ്ഞു രണ്ടിന്റെയും ഫലം വേറെ വേറെയാണെന്ന് പറഞ്ഞു അവ രണ്ടും രണ്ടുപാസനകളും സമുച്ചയിച്ചനുഷ്ഠിക്കണം അതിന്റെ ഫലവും പറയുന്നു അടുത്ത മന്ത്രം നോക്കുകയം സഹ വിനാശീനം മൃത്യം തീർത്തുക സംഭൂത്ത ആമൃതം അശ്നുത്തെ സംഭൂതിം ചിശം ചത് വേദ ഉഭയം സഹ വിശന മൃത്യു തീർച്ച അമൃത അശ്നു സഭൂത്തിഭയം സഹ മൃത്യു തീർത്തമൃതമുണ്ടാഭൂ വിനാശം യഹ തദ്ദ ഉഭയം സഹ അത് പ്രതീകമാണ് സംഭൂതിയും വിനാശവും പ്രകൃതി ഉപാസനയും കാര്യബ്രഹ്മോപാസന ഉഭയം സഹ രണ്ടും ഒരുമിച്ച് അതാണ് സമുച്ചയം എന്നുള്ള അർത്ഥം വരുന്നത് സഹ ഉഭയം സഹ രണ്ടും ഒരുമിച്ച് യഹ അനുഷ്ഠേയം വേദാന് ആരാണെന്നും അനുഷ്ഠിക്കേണ്ടത് ഉപാസിക്കേണ്ടതെന്നറിയുന്നത് അവർ വിനാശീന മൃത്യു തീർത്തുക അതിനെ വ്യാഖ്യാനിക്കുകയാണ് വിനാശോ ധർമ്മോ യസ്യം ധർമ്മമായിരിക്കുന്നത് ഏതൊരു കാര്യത്തിനാണോ എന്ന് പറഞ്ഞാൽ നശിക്കുക എന്ന സ്വഭാവം ഏതൊരു കാര്യത്തിനാണോ ഉള്ളത് അതിനാണ് ഇവിടെ വിനാശം എന്ന് പറയുന്നത് നശിക്കുക സ്വഭാവം ഉള്ള കാര്യം അതിനെ വിനാശം എന്ന് പറയുന്നു സ ആ കാര്യത്തെ തേന ധർമ്മിണ അഭേദേന ഉച്ച വിനാശ അപ്പൊ ധർമ്മിധർമ്മ അഭേദമായിട്ട് ആണിവിടെ വിനാശം എന്ന് പറഞ്ഞത് ധർമ്മി ധർമ്മങ്ങള് അഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കുന്ന വസ്തുവായി ധർമ്മി അതിലിരിക്കുന്ന ധർമ്മമായി നാശം നശിക്കുന്ന വസ്തു ധർമ്മി അതിലിരിക്കുന്ന ധർമ്മം നാശം അപ്പൊ ഇവിടെ നാശം എന്നാണ് പറഞ്ഞത് നാശം എന്ന് ഏതിനെ പറഞ്ഞു നശിക്കുന്ന വസ്തുവിനെ പറഞ്ഞു എന്തുകൊണ്ടത് പറഞ്ഞു ആ നാശം എന്ന് പറയുന്ന ധർമ്മത്തെ നശിക്കുന്ന വസ്തുവിനോട് അഭേദമായി കൽപ്പിച്ചുകൊണ്ട് ആ വസ്തുവിനെ നാശമെന്ന് പറഞ്ഞു കാരണം നമ്മൾ സാധാരണ ഒരു വസ്തു നശിക്കുന്ന വസ്തു ആണെങ്കിൽ ആ വസ്തുവിനെ നാശം എന്ന് പറയാറില്ല നാശം എന്ന് പറയുന്ന വസ്തുവിന്റെ സ്വഭാവമാണ് പിന്നെ ആ വസ്തു പിന്നെ നാശമെന്ന് പറയുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ആ സ്വഭാവത്തെയും ആ വസ്തുവിനേയും അഭേദമായി എടുത്തുകൊണ്ട് പറയണം നാശം അതാണ് ഇവിടെയും നശിക്കുന്നത് എന്ന് പറയുന്നതിന് പകരം നാശമെന്ന് പറഞ്ഞു അതായത് വിനാശി എന്ന് പറയുന്നതിന് പകരം വിനാശമെന്ന് പറഞ്ഞു വിനാശി നശിക്കുന്നത് അതിനുപകരം വിനാശം എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ആ സ്വഭാവത്തെയും വസ്തുവിനെയും ഇവിടെ വേർതിരിച്ചു കാണാതെ രണ്ടിനെയും അഭേദമായി കല്പിച്ചുകൊണ്ട് വിനാശി എന്ന് പറയുന്നതിനുപരം വിനാശം എന്ന് പറഞ്ഞ ഒന്നാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിനാശോ ധർമ്മോ യസ്യാരി ഏതൊരു കാര്യത്തിനാണോ നാശ സ്വഭാവമുള്ളത് അതിനാണിവിടെ ആ വ്യക്തിയെയാണ് ഇവിടെ വിനാശം എന്ന് പറഞ്ഞത് തേനധർമ്മിണ അഭേദേന വിച്ചറി ആ ധർമ്മിയെ നമ്മുടെ അഭേദമായിട്ട് ആ ധർമ്മത്തെ പറഞ്ഞു അതാണ് വിനാശി വിനാശം എന്ന് പറഞ്ഞു അപ്പം വിനാശം എന്ന് പറഞ്ഞു വിനാശി അപ്പൊ അവിനാശിയായിരിക്കുന്നത് ഇവിടെ എന്താണ് കാര്യബ്രഹ്മ അതിന്റെ ഉപാസനയിലൂടെ അങ്ങനടുത്ത് പറയുന്നത് തേന തത് ഉപാസനേന കാര്യബ്രഹ്മ ഉപാസനയിലൂടെ അനൈശ്വര്യ ആ ഉപാസനയിലൂടെ മൃത്യുവിനെ അതിക്രമിച്ചിട്ട് എന്താണ് മൃത്യു എന്ന് പറയുന്നത് അനൈശ്വര്യം ഐശ്വര്യം നേരത്തെ പറഞ്ഞല്ലോ കേവലമായ ദാരിബ്രഹ്മ ഉപാസനയുടെ ഫലമായിട്ട് അണിമാതി ഐശ്വര്യപ്രാപ്തി ഉണ്ടാവും ആ ഐശ്വര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് അനൈശ്വര്യങ്ങൾ ഐശ്വര്യപ്രാപ്തിയിലും ദോഷങ്ങൾ വരാം ഐശ്വര്യം ഇല്ലാതിരിക്കുന്നതും ദോഷമാണ് അതെന്ന് പറഞ്ഞാൽ അനൈശ്വര്യം അധർമ്മ കാമാതി ദോഷം അധർമ്മം കാമം ദോഷങ്ങൾ അതിനേലൂടെ മൃത്യു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് സാധാരണ ഒരു ജീവനിൽ കാണുന്ന ദോഷങ്ങൾ ആ ദോഷങ്ങളെല്ലാം ആ മൃത്യു തീർത്തുവ അതിക്രമിച്ചിട്ട് അതൊന്നുകൂടി വിശദീകരിക്കുന്നു ഹിരണ്യഗർഭ ഉപാസനേനം ഹിരണ്യഗർഭ ഉപാസനയിലൂടെ എന്താണ് അണിമാതിപ്രാപ്തിയാണ് ഫലമായി വരുന്നത് തേന അനൈശ്വര്യാദിമൃത്യും അതീത്യ അപ്പോൾ ഉപാസിക്കുന്നവന് ഐശ്വര്യമില്ല അനൈശ്വര്യമാണ് ഉപാസിക്കാത്തവൻ ഉപാസനയിലൂടെ ഐശ്വര്യങ്ങളെ പ്രാപിക്കുന്നു എന്നുവെച്ചാൽ അനൈശ്വര്യമാകുന്ന മൃത്യുവിനെ അതിക്രമിക്കുന്നു ഐശ്വര്യം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നവര് മൃത്യുവസ്ഥയാണ് ഒരാൾ ഉപാസന ചെയ്യുമ്പോൾ അയാൾക്ക് ഐശ്വര്യം പ്രാപിക്കുന്നു അതുവരെ അയാൾക്ക് ഇല്ലാതിരുന്ന ഐശ്വര്യങ്ങൾ പ്രാപിക്കുന്നു അപ്പോൾ അയാൾ ഐശ്വര്യമില്ലാതിരുന്ന അവസ്ഥയെ അതിക്രമിക്കുന്നു ഐശ്വര്യങ്ങൾ നേടിയിട്ട് പക്ഷെ അതവിടെ നിൽക്കുന്നില്ല മറിച്ച് അയാളിലെന്താണ് അസംഭൂതി ഉപാസനയുണ്ട് അതുകൊണ്ട് അസംഭൂത്യാ അടുത്ത് പറയുന്നു അവ്യാകൃത ഉപാസനയാൾ രണ്ടു ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പറയുന്നു രണ്ടു ഒരുമിച്ച് അനുഷ്ഠിക്കുമ്പോൾ അയാളിൽ അണിമാതി ഐശ്വര്യങ്ങൾ വന്നുചേരുന്നുണ്ടെങ്കിലും അവ്യാകൃത ഉപാസന കൂടി ഉള്ളതുകൊണ്ട് അതിന്റെ ദോഷങ്ങൾ അയാളെ ബാധിക്കുന്നില്ല അയാൾ അസംഭൂത്യ അവപാസനയിലൂടെ അമൃതം പ്രകൃതി ലയം ഇവിടുത്തെ അമൃതം എന്ന് പറയുന്നത് പ്രകൃതി ലയം എന്ന് പറയുമ്പോൾ ഈ പ്രാപഞ്ചിക ദുഃഖങ്ങളൊന്നും അനുഭവിക്കാതിരിക്കുന്ന അവസ്ഥ അതിനാണ് പ്രകൃതി ലയം എന്ന് പറയുന്നത് സുഷുപ്തി പോലെ സുഷുപ്തിയിൽ കഴിയുന്ന ജീവന് പ്രാപഞ്ചിക ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നാൽ മുക്തനാകുന്നതുമില്ല അതുപോലെ ഒരു നീണ്ട പ്രകൃതി ലയം അനേക മന്യോതരങ്ങൾ ജീവൻ പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ ആപേക്ഷിക അമൃതത്വം എന്ന് പറയുന്നു അമൃതം എന്ന് പറയുന്ന വാക്ക് പേക്ഷിക അമൃതം എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അനേക സംവത്സരങ്ങൾ സംസാരദുഃഖങ്ങളില്ലാതെ സംസാരക്ലേശങ്ങളില്ലാതെ ഇരിക്കുന്ന അമൃതത്വം അങ്ങനെയാണ് പ്രകൃതി ലയം എന്ന് പറയുന്നത് അശ്നതി അതിനെ പ്രാപിക്കുന്ന ഒന്നാണ് അതങ്ങനെ സംഭവിക്കാമോ സംഭവിക്കാം കാരണം എല്ലാ ജാഗ്രതകളിലും നമ്മൾ പ്രകൃതി ലയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ് സുഷുതി വൃഷ്ടിയിലിങ്ങനെ ദൈനംദിനം പ്രകൃതി ലയത്തിലേക്ക് ജീവന് പോകാമെങ്കിൽ അതുപോലെ ഒരു സമഷ്ടി ഭാവത്തിലുള്ള ഒരു പ്രകൃതി ലയത്തിലേക്കും പോകാം നമ്മൾ സാധാരണ പ്രളയം എന്ന് മറ്റും പറയുന്നു അങ്ങനെ ഒരു പ്രകൃതി ലയം എന്ന് അവസ്ഥയിൽ പ്രകൃതി ഉപാസിക്കുന്നവന് എത്തിച്ചേർ ചേർന്നിരിക്കുന്നു മുക്തി അതാണ് ഇവിടെ പറയുന്നത് സംഭൂത്യ നമൃത മർശനത്തെ അപ്പോൾ രണ്ടും കൂടി ചേരുന്ന ഏക പുരുഷാർത്ഥം എന്ന് പറയുന്നു അതാണ് അസംഭൂതി ഉപാസനയുടെ ഫലമാണ് പ്രകൃതി ലയം സംഭൂതി ഉപാസനയുടെ ഫലമാണ് അണിമാദേശ്ശേരി ഇത് രണ്ടും കൂടി ഒരുമിച്ച് അനുഷ്ഠിക്കുമ്പോൾ ഒരു ഫലം അണിമാദേശ്വര്യങ്ങൾ പ്രാപിക്കുമ്പോൾ അതിന് വിരുദ്ധമായ എല്ലാത്തിനെയും അതിക്രമിക്കുന്നു പക്ഷെ അതവിടെ നിൽക്കുന്നില്ല പ്രകൃതി ഉപാസന കൂടിയുള്ളതുകൊണ്ടാ ജീവൻ മരണശേഷം പ്രകൃതിയിൽ വിലയിക്കുന്നു അത് അനന്തകാലത്തേക്ക് പ്രകൃതിയിൽ വിലയിച്ചിരിക്കുന്നു അതിന് അമൃതം എന്നെന്തുകൊണ്ട് പറയുന്നു അത് ആപേക്ഷികമായ അമൃതത്വമാണ് വേറെ പദാർത്ഥങ്ങളും പറയും ആഭൂത സംപ്ലവം സ്ഥാനം അമൃതത്വം ഹി ഭാഷ എന്നെല്ലാം പറയുന്നുണ്ട് അതായത് ചെറുത്ത് അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയം വരെയുള്ള അവസ്ഥ അതിന് അമൃതം എന്ന് പറയും കൽപ്പാന്തം വരെയുള്ള അവസ്ഥയെ അങ്ങനെയും പറയുന്നുണ്ട് ദേവന്മാര് ഉപയോഗിക്കുന്ന സ്വർഗത്തിൽ കിട്ടുന്ന ദേവന്മാർ കുടിക്കുന്ന പുരാണങ്ങളിലും മറ്റും പറയുന്ന വസ്തുവാന് അമൃതം എന്ന് പറയുന്നുണ്ട് അമൃതം ദേവന്മാരെ ഭക്ഷിക്കുന്നു അങ്ങനെ അമൃത അമൃതം അമരന്മാരാകുന്നു എന്നും മറ്റും പുരാണങ്ങൾ പറയുന്നു അങ്ങനെ അമൃതം എന്ന് പറയുന്നുണ്ട് മോക്ഷം അങ്ങനാമൃതം എന്ന് പറയുന്നുണ്ട് ജനന മരങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥ അനാമൃതം എന്ന് പറയുന്നുണ്ട് നിത്യം എന്നുള്ള അർത്ഥത്തിൽ അമൃത ശബ്ദം പ്രവിക്കുന്നുണ്ട് ഇവിടെ അമൃതം എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്ന ഇതാണ് പ്രകൃതി യം എന്ന് പറയുന്ന അവസ്ഥ അതിനെ പ്രാപിക്കുന്നു ഇവിടെ സംഭൂതി ച വിനാശം ച എന്നാണ് പാഠം ഇതിനു മുമ്പിൽ വന്നിരിക്കുന്ന മന്ത്രത്തിന്റെ അവസാനം ഏ നഹ തദ് എന്നാണ് പതിമൂന്നാമത്തെ മന്ത്രത്തിന്റെ അവസാനം ിജക്ഷാമത്തെ മന്ത്രത്തിൽ വന്നിരിക്കുന്ന സംഭവം ഇത് രണ്ടിനെയും വേർതിരിച്ച് നമ്മൾ വായിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വേർതിരിച്ച് വേദം ചൊല്ലുമ്പോഴാണ് പിന്നെ ചേർത്തും ചൊല്ലാം പിന്നെ സംഹിത പാഠം എന്ന് പറയും പദങ്ങൾ പിരിച്ചു ചൊല്ലുന്ന പദപാഠം ഇതെല്ലാം ഒരുമിച്ച് ചൊല്ലിപ്പോകുക ഇവിടെ നിർത്താതെ ചെല്ലുക അതായത് നിജ ചക്ഷിരേ എന്നിടത്ത് നിർത്താതെ അതിനോട് ചേർന്ന് തന്നെ വരുമ്പോ ഇവിടെ ഒരു അകാരമുണ്ട് അസംഭൂതി അകാരം മുമ്പിൽ വന്നിരിക്കുന്ന ഏകാരവുമായിട്ട് സന്ധി വരുന്നു പാണിനി ഒരു നിയമം പറയും ഏങ്ങഹ പദാന്താ അതി നിയമം പറയും ഏകാരത്തിന് ശേഷം അകാരം വന്നു ആകാരം നമുക്ക് പോകും അപ്പൊ ക്ഷിരേ സംബോധിം എന്നു വരും അപ്പൊ വാസ്തവത്തിൽ ഇവിടെ ഒരു ആകാരമുണ്ട് സംഹിതാപാഠത്തിൽ ആകാരം ലോപിച്ചു പോയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ സംഭോധ്യം എന്ന് വായിക്കുന്നത് രണ്ടു മന്ത്രങ്ങളെയും വേർപെടുത്തി വായിക്കുകയാണെങ്കിൽ അസംബോധ്യം എന്ന് വരും ഇവിടെ ഇപ്പോൾ പറന്റ് ചെയ്തിരിക്കുന്നത് നമ്പർ ഇട്ട് വേറിട്ട് വേറിട്ടാണ് പക്ഷെ സംഹിതാ പാഠക്രമം അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അവിടുത്തെ ആകാരം പോയി സാധാരണ രീതിയിൽ പറഞ്ഞാൽ സാധാരണ നിയമം അനുസരിച്ച് പറഞ്ഞാൽ അങ്ങനെ ആകാരം ലോപിക്കുന്നതിന് വേദത്തിൽ പ്രത്യേകിച്ച് പണിനിയുടെ നിയമമൊന്നും വേണ്ട അല്ലാതെ തന്നെ അവിടെ ലോപിപ്പിക്കാം അതാണ് അടുത്ത് പറയുന്നത് സംഭൂതിംച വിനാശംച എത്തിയത്ര അവർണലോപേന നിർദ്ദേശോ സംഭൂതിംച വിനാശംസ എന്നുള്ളത് സംഭൂതിഞ്ച വിനാശംസത്തിയത്ര അവർണലോപേന നിർദ്ദേശം അവർണത്തെ ലോപിപ്പിച്ചിട്ടാണ് സംഭൂതിം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഒരു ആകാരം ലോപിച്ചു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ അസംഭൂതി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആകാരമില്ലെങ്കിലും അത് വേദപാഠത്തിൽ വരുന്ന പ്രത്യേകതയാണ് അത്ര അപർണലോപേന നിർദ്ദേശം ആകാരം ലോഹിച്ചിരിക്കുകയാണ് ലോഹിച്ചിട്ട് സംഭൂതി അസംഭൂതി എന്ന് പറയുന്നതിന് പകരം സംഭൂതി എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടിവിടെ അസംഭൂതി എന്ന് തന്നെ എടുക്കുന്നു ഈ കാണുന്നതുപോലെ സംഭൂതി എന്ന് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ പറയുന്നു പ്രകൃതി ലയ ഫല ശ്രുതി അനുരോധ ൂടത്തു പറയുന്നു സംഭൂത്യ അവിടെ തന്നെ വിനാശീനം മൃത്യം തീർത്വ സമ്പൂത്യ അവിടെയും അസംഭൂത്യന്ന് വരും എന്തുകൊണ്ട് തീർത്തുവ ആകാരമാണ് അതിനുശേഷം ഒരാകാരം കൂടെ വന്നുകഴിഞ്ഞാലും അവിടെ ദീർഘം വന്നിട്ട് ഒരാകാരമായി മാത്രം നീക്കും അവിടെയും എന്തെങ്കിലും അസംഭൂത്യ എന്നുവരും പക്ഷെ സാധാരണ പദം പിരിക്കുമ്പോൾ മന്ത്രങ്ങളുടെ പദം പിരിക്കുമ്പോൾ സംഭൂതി വിനാശം എന്നേ പിരിക്കാറുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു അസംഭൂത്യാ അമൃതം അശ്നതി എന്നാ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് പ്രകൃതി ലയ ഫലശ്രുതി അനുരോധ അമൃതത്വം എന്ന് പറയുന്ന ഫലം പ്രകൃതി ലയമാകുന്ന ഫലത്തെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ അനുസരിച്ച് ഇവിടെ അകാരം ലോപിച്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ് അകാരത്തോട് കൂടിയ ഒരു പദത്തെയാണ് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത് എന്നാണ് സംഭൂതി അസംഭൂതി എന്ന് മനസ്സിലാക്കണം എന്നാണ് കാരണം മുമ്പിൽ പറയുന്നു ഈ രണ്ട് കാര്യങ്ങളെയാണ് സംഭവം അസംഭവം എന്ന് പറഞ്ഞു സംഭൂതി അസംഭൂതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെയും ആ കാര്യം തന്നെ പരാമർശിക്കുന്നു അപ്പൊ വേദപാഠത്തിൽ വന്ന പ്രത്യേകത അനുസരിച്ച് അവിടുത്തെ ആകാരം പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം ഫലമനുസരിച്ചും അർത്ഥം വച്ച് ചിന്തിക്കുമ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ചില പാഠങ്ങളിൽ ഇവിടെ അസംഭൂതിം എന്ന് തന്നെ പഠിക്കുന്നുണ്ട് അസംഭൂതി ച വിനാശം ച അന്ന് തന്നെ പാഠമുള്ള പാഠമുള്ള ഉപനിഷത്തുകളുമുണ്ട് ഇവിടെ ഭാഷകാരം പറഞ്ഞിരിക്കുന്നു അങ്ങനെ വേണമെന്ന് അപ്പോൾ ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സമുച്ചയ ഉപാസനയുടെ ഫലമാണ് മാത്രമല്ല സമുച്ഛയിച്ചാണ് ഉപാസന ചെയ്യേണ്ടതെന്നാണ് അതായത് പ്രകൃതി കാര്യബ്രഹ്മം ഇതിന്റെ ഉപാസന കേവലമായ പ്രകൃതി ഉപാസിക്കുന്നു ജഡപപ്രകൃതി ഉപാസിക്കുന്നത് അത് അവന് ജഡമായ ഫലത്തെ കൊടുക്കത്തുള്ളു കാര്യബ്രഹ്മത്തെ ഉപാസിക്കുക ഹിരണ്യഗർഭനയുടെ വിനാശം എന്നെന്തുകൊണ്ട് പറഞ്ഞു ആ ഹിരണ്യഗർഭസ്ഥാനവും പ്രളയാന്തം വരെയുള്ളു പ്രളയം വരെയുള്ളു പ്രളയാന്തമാണ് പ്രളയത്തിൽ ആ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന പദം പോകുന്നു ആ സ്ഥാനം പോകുന്നു ഹിരണ്യഗർഭൻ മോക്ഷം സംഭവിക്കുന്നു ആ സ്ഥാനത്തിൽ നിന്നും മോചനം സംഭവിക്കുന്നു അതുകൊണ്ട് അതും വിനാശമാണ് നശിക്കുന്നു എന്തുകൊണ്ട് അത് ശോപാധികമാണ് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് സോപാധികമായിട്ടുള്ള സർവവും നശിക്കും എത്ര ബൃഹത്തായാലും ചെയ്യും ഒരു കൽപ്പം മുഴുവൻ നിലനിൽക്കുന്നതാണ് ഹിരൺ യർഭസ്ഥാനം അത് നശുപോ എന്തുകൊണ്ടത് ഒരു ഉപാധിയോട് കൂടിയതാണ് അപ്പൊ ആ നശിക്കുന്ന അത് പരമായ ഒന്നല്ല പരമായ ഒന്ന് നിരപാധികമായ സത്യമാണ് പരമാത്മാവാണ് ഒരു ഉപാധിയും സ്വീകരിക്കാതെ നിൽക്കുന്ന പരമാത്മാവാണ് പരമമായ സത്യം അതിന് മാത്രമേ നമുക്ക് അനന്തം ശാശ്വതം എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ടാണ് കാര്യ ബ്രഹ്മവും നശിക്കുന്നു എന്ന് പറഞ്ഞത് പക്ഷേ സാധാരണ ജീവന്മാരെ അപേക്ഷത ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് അതിനെ ജീവൻ ഉപാസിക്കുന്നത് മണിമാതി ഐശ്വര്യങ്ങളോട് കൂടിയതാണ് ജീവൻ ജീവനോടും ഉപാസിക്കാൻ പറയുന്നത് പക്ഷെ അത് നശിക്കുന്നതാണ് അതുകൊണ്ട് അതും പരമല്ല കാരണം അതിന്റെ ഉപാസനയുടെ ഫലമാണ് ആ ഒരു പദപ്രാപ്തി ആ ഒരു പദത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിന് നാശം വരുന്നു അതുകൊണ്ട് അതിന്റെ നാശം എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത് അതിന്റെ മോചനമാണ് മുക്തിയാണ് ഹിരണ്യഗർഭാനം ഹിരണ്യഗർഭന്റെ നാശമെന്ന് പറയുന്നത് ഹിരണിഗർഭന്റെ മോക്ഷമാണ് കൽപ്പാന്തത്തിൽ ഹിരണ്ഗർഭനും മുക്തനായിത്തീരുന്നു മുക്തൻ തന്നെയാണ് ജീവനെപ്പോലെ ബന്ധനല്ല പക്ഷെ മുക്തനാണെങ്കിലും അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കേണ്ടി വരുന്നു സ്ഥാനം ഉപേക്ഷിക്കുന്നു അതിൽ നിന്നുമുള്ള മോചനം നിരുപാധികമായ അവസ്ഥയെ പ്രാപിക്കുന്നു എന്നർത്ഥമുള്ള മുക്തി എന്ന് പറയുന്നു പിന്നെ സ്വാഭാവികമായ ഒരു പ്രവൃത്തിയിലേക്ക് വരുന്നുണ്ട് മുക്തന്മാരാണെങ്കിലും അധികാരപുരുഷന്മാരെന്ന് പറയും അവതാരങ്ങളെന്നും മറ്റും പറയുന്ന പോലെ മുക്തരാണെങ്കിലും എന്ത് ചെയ്യുന്നു ചില അധികാര കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയും ഉപേക്ഷിക്കുക മോചിക്കുക അതിൽ നിന്നും നിരുപാധികമായ അവസ്ഥ സ്ഥിതി ചെയ്യുക പരമമായ മുക്തിപഥം അതിന് സ്ഥിതി ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ഹിരണി ഗർഭന് എത്തിച്ചേരുന്നു അതുകൊണ്ടാണ് ഹിരണി ഗർഭനെ വിനാശം എന്ന് പറഞ്ഞത് കാരി ബ്രഹ്മവും നശിക്കുന്നതാണ് എന്ന് പലയിടത്തും പറയും അതുകൊണ്ടാണ് പരബ്രഹ്മം എന്ന് പറയുന്നത് നിരുപാധികമായ പരംബ്രഹ്മെന്ന് പറയാം അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കരിബ്രഹ്മത്തെ ഹിരണിഗർഭന അപരബ്രഹ്മെന്ന് പറയും പരം എന്ന് പറയുമ്പോൾ അപരം എന്നൊരു സങ്കല്പം ഉള്ളത് കൊണ്ടാണ് പരമെന്ന് പറയുന്നത് പരബ്രഹ്മം എന്ന് പറയുമ്പോൾ പരമല്ലാത്തൊരു ബ്രഹ്മമുണ്ട് അതുകൊണ്ടാണല്ലോ പരബ്രഹ്മെന്ന് പറയുന്നത് അല്ലെങ്കിൽ പരം ബ്രഹ്മ എന്ന് പറയുന്നു അപ്പൊ പരമല്ലാത്ത ഏതാ ബ്രഹ്മം ആ ബ്രഹ്മചൈതന്യത്തിൽ തന്നെ ഉപാധിയോടുകൂടിയിരിക്കുന്നു അതിനാണ് അപരബ്രഹ്മുന്നത് അതിനാണ് ഹിരൺ അർബൻ ഇവിടെ വിനാശം എന്നെല്ലാം പറയുന്നത് ഈ വൈദികമായ ഉപാസനകൾ പരിവർത്തനപ്പെട്ടിട്ടാണ് ഈ പൗരാണികമായിട്ടുള്ള ഉപാസനകളെല്ലാം വന്നിരിക്കുന്നത് പുരാണങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഉപാസനാരീതികൾക്കൊക്കെ മാറ്റം കാരണം വൈദികമായ ഉപാസനയ്ക്ക് ചില പരിമിതികളുണ്ട് അതായത് എല്ലാവർക്കും ചെയ്യാൻ അവകാശമില്ല എന്ന് കുറെ കാലം വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ സിദ്ധാന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വൈദികമായ കർമ്മങ്ങൾ വൈദികമായ ഉപാസനകളെല്ലാം വേദ അധ്യയനം ചെയ്യുന്നതിന് അധികാരമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിരുന്നു എന്ന് കരുതിയിരുന്നു ശങ്കരാചാര്യരുടെ കാലത്ത് ഉൾപ്പെടെ ശങ്കരാചാര്യർ അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളാണ് വേദ അധ്യയനം ചെയ്യുന്നതിന് അധികാരമുള്ളവർക്ക് മാത്രമേ വൈദിക കർമ്മവും വൈദിക ഉപാസനയും ചെയ്യാൻ പാടുള്ളൂ ണികന്മാർക്ക് ഇവരുടെ ഈ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ അതിനവകാശമാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് പറയുന്ന മൂന്ന് വർണ്ണത്തിൽപ്പെട്ടവർ ചാതുർ വർണ്ണി നിയമം അനുസരിച്ച് അവർക്ക് മാത്രമേ വൈദിക കർമ്മത്തിന് ഉപാസനയ്ക്കും അധികാരമുള്ളൂ ശൂദ്രനും അധികാരമില്ല ഇനി ബഹുഭൂരിപക്ഷം വരുന്ന വർണ്ണഭാഷ്യരായ ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ കാര്യം പറയാനുള്ളൂ ചാതുർ വർണ്ണി എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർ ഉൾപ്പെടുന്നില്ല അതിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ നാല് വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഇനി വർണ്ണത്തിൽപ്പെടാത്ത ഒരുപാട് പേരുണ്ട് ജാതികൾ ഉപജാതികൾ അവര് പുറമേ അവർക്ക് ഇതിനൊന്നും അധികാരമില്ല അതുകഴിഞ്ഞ് പുരാണങ്ങളുടെ കാലം വന്നപ്പോഴത്തേക്ക് പുരാണങ്ങളിൽ പറയുന്നത് പുരാണങ്ങൾ ശ്രവിക്കുന്നതിന് ശൂദ്രനും അധികാരമുണ്ടെന്ന് ശൂദ്രനുമാവാ അപ്പൊ പുരാണങ്ങളിൽ പറയുന്ന ഉപാസനകൾക്ക് ശൂദ്രനും അധികാരം കൊടുത്തു ഇതൊക്കെ ഒരു മധ്യകാലഘട്ടത്തിലാണ് വേദത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ശൂദ്രനും സ്ത്രീയുമൊക്കെ വേദം അധ്യയനം ചെയ്തതായിട്ടൊക്കെ വേദത്തിൽ തന്നെ കാണുന്നുണ്ട് അപ്പം ആ വൈദിക കാലം കഴിഞ്ഞു വരുന്ന ഒരു കാലം മധ്യകാലഘട്ടത്തിലാണ് ഇത്തരം നിയമങ്ങളൊക്കെ വരുന്നത് വൈദിക കാലത്തിലല്ല അങ്ങനെയാണെങ്കിൽ വേദത്തിൽ സ്ത്രീകൾ വേദം ചൊല്ലുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് വേദത്തിൽ അപ്പം വേദത്തിൽ സ്ത്രീകൾക്ക് അധികാരം ഉണ്ടായിരുന്നു ശൂദനും അധികാരം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഒരു ഭേദമില്ലായിരുന്നു പക്ഷെ ആ വൈദിക കാലം കഴിഞ്ഞൊരു മധ്യകാലഘട്ടത്തിൽ അങ്ങനെ നിയമങ്ങളുണ്ടാക്കി സ്മൃതികാരന്മാർ നിയമങ്ങളുണ്ടാക്കി സ്ത്രീകൾക്ക് ശൂദ്രനൊന്നും ഇത് പാടില്ല എന്നു പറയും ആ കാലഘട്ടത്തിലാണ് പിന്നെ പുരാണങ്ങൾക്ക് പ്രചാരം വരുന്നത് അപ്പോൾ പുരാണങ്ങൾ എല്ലാവർക്കും ആകാവുന്നതും വന്നു അപ്പോൾ ഈ വേദത്തിൽ പറഞ്ഞ ഉപാസനകളെല്ലാം രൂപാന്തരപ്പെട്ട് പൗരാണികമായ ഉപാസനകളായി അപ്പോൾ ആ ദേവതാരൂപങ്ങളൊക്കെ മാറി ഇവിടെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന അതേ രൂപത്തിൽ വേറെ ആൾ വന്നു അതാണ് ബ്രഹ്മാവ് വേദത്തിൽ രുദ്രൻ എന്ന് പറയുന്ന അത് തന്നെ മാറി ശിവൻ വേദത്തിനും പറയുന്നുണ്ട് ഒരു കൃഷ്ണൻ ഇവിടെ വിഷ്ണുവായി ഇങ്ങനെയൊക്കെ വേദത്തിലെ ആ പ്രതീകങ്ങളെല്ലാം പുരാണത്തിനൊന്നിപ്പോൾ മാറി ഉപാസനകൾക്കും മാറി കാരണം വേദത്തിൽ നമ്മൾ നോക്കിയാൽ പല ഭാഗത്തും വരുന്ന ഒന്നാണ് സൂര്യോപാസന സൂര്യനെ വേദം പഠിച്ചിട്ടില്ലാത്ത വൈദികമായ യാതൊരു ധർമ്മങ്ങളെ കുറിച്ചും ബോധമില്ലാത്ത മനുഷ്യരും സൂര്യനുപാസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സൂര്യനെ ഉദ്ദേശിച്ചുള്ള ഉപാസനകളൊക്കെ ചെയ്തു ആദിത്യ പൂജയും മറ്റും ചെയ്യുന്ന കാണുന്നുണ്ട് അപ്പൊ അത് ആ വൈദികമായ ഉപാസന പരിവർത്തനപ്പെട്ട് വന്ന ആദിത്യ പൂജ ഉപാസനകളുമാണ് നമ്മൾ ഇന്ന് നമ്മളെ ചുറ്റും കാണുന്നത് ഇതുപോലെ എല്ലാ ഉപാസനകളും മാറികളും ഈ പറയുന്ന ഉപാസനകളും മാറിക ഇവിടെ ഇപ്പം പറയുന്ന ഇതിൽ പറയുന്ന എന്താണ് പ്രകൃതിയെ കേവലമായ പ്രകൃതി ഉപാസിക്കരുത് കാര്യബ്രഹ്മത്തെ ഉപാസിക്കരുത് മറിച്ചതിനെ രണ്ടിനെയും കൂടെ സമുച്ചയപ്പിച്ച് ഉപാസിക്കണമെന്ന് പറഞ്ഞു ച്ച പ്രകൃതിയും ബ്രഹ്മത്തെയും ചേർത്ത് ഉപാസിക്കുക ഇതാണ് പൗരാണിക കാലത്ത് വന്ന നമ്മൾ പിന്നീട് പഠിക്കുന്നത് ശിവശക്തി ആയുക്തവും ശിവശക്തികളെ ചേർത്ത് ഉപാസിക്കുക നമ്മൾ സാധാരണ പറയുന്ന പരാശക്തി ഉപാസന ദേവി ഉപാസന എന്നൊക്കെ പറയുന്നത് ഇതിന്റെ തന്നെ പൗരാണികമായ ഭാവമാണ് കാരണം അവിടെ ഈ പുരുഷനെയും പ്രകൃതിയും അല്ലെങ്കിൽ ഈശ്വരനെയും മായാശക്തിയും വേറിട്ട് കാണാതെ രണ്ടിനെയും അഭേദമായി കണ്ടുകൊണ്ട് ബാധിക്കുക അപ്പൊ ഇത് ഇതിന്റെ തന്നെ ഒരു രൂപാന്തരമാണ് പിൽക്കാലത്ത് ഇത് തന്നെ മാറി വന്നതാണ് ഉപാസനകൾ അപ്പൊ പിൽക്കാലത്ത് വരുന്ന എല്ലാ ദേവത ഉപാസനകളുടെയും അതിന്റെ മൂല രൂപം ഈ വേദത്തിൽ കിടക്കുകയാണ് എന്ന് നമ്മൾ ഇത് രണ്ടും കൂടി പരിശോധിക്കും മനസ്സിലാവും അതുകൊണ്ട് ഈ പറയുന്ന ഉപാസനകളൊന്നും നമുക്ക് തീരഅപരിചിതമായ കാര്യങ്ങളല്ല ഒരു വൈദികമായ പശ്ചാത്തലത്തിൽ വേദത്തിന്റെ ഭാഷയിൽ നമ്മളത് കേട്ടിട്ടില്ലെന്നേ അതിന് നമുക്ക് പരിചയമുള്ള കാര്യം കാരണങ്ങൾ തന്നെയാണ് കണ്ട ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ പരിശോധിക്കാം ഈ പറഞ്ഞിരിക്കുന്ന ആറ് മന്ത്രങ്ങളും കേൾക്കുന്ന ആർക്ക് സംശയം ഉണ്ടാക്കുന്നതാണ് കാരണം എനിക്കും ഇത് സംശയം ഉണ്ടാക്കിയിട്ടുള്ളതാണ് പ്രധാന കാരണം ഈ പറയുന്ന വിഷയം നമുക്ക് പൊതുമുള്ളതാണ് നമ്മൾ വേദാന്തം അല്ലെങ്കിൽ അദ്വൈതമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ കേൾക്കാൻ വഴിയില്ല ഇത് കേൾക്കണമെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാലേ പറ്റൂ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് വായിക്കുന്നത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉള്ളതായിരിക്കും അപ്പം ഈ വ്യാഖ്യാനങ്ങളിലൊന്നും ഈ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത രീതിയിൽ ഇതിന്റെ അർത്ഥം ഒന്നും പറഞ്ഞിരിക്കുകയില്ല അപ്പം ഇത് കേൾക്കാൻ നമുക്ക് അവ വ്യാഖ്യാനം വായിച്ചാലും കേൾക്കുന്നതിനുള്ള അവസരം കിട്ടുന്നില്ല ഈ ആറ് മന്ത്രങ്ങളും വ്യാഖ്യാനങ്ങൾ ഈ ശങ്കര ഭാഷ്യത്തോട് യോജിക്കുന്ന ഒരു വ്യാഖ്യാനവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പലരുടെയും വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഇതിൽ അവരവരുടേതായ കല്പനകളാണുള്ളത് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വിഷയമാണ് നമുക്ക് കേട്ടിട്ടില്ലാത്ത വിഷയമാണ് ദേവതാപാസനെയും കർമ്മത്തെയും സമുച്ചയിക്കുക പ്രത്യേകം പ്രത്യേകം അനുഷ്ഠിച്ചുകഴിഞ്ഞാൽ അതിന്റെ ഫലം വേറെയാണ് സമുച്ചയിച്ചനുഷ്ഠിച്ചാൽ അതിന്റെ ഫലം വേറെയാണ് പ്രത്യേകം അനുഷ്ഠിക്കുന്നതിനെ നിന്ദിക്കുന്നു സമുച്ചയിച്ചനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം അമൃതത്വമാണെന്ന് പറയുന്നു പക്ഷേ അമൃതത്വം എന്ന് പറയുന്നത് മുഖ്യമായ മോക്ഷമല്ല ഈ തരത്തിലൊക്കെയുള്ള ഈ ആശയങ്ങൾ അപ്പം ഇതിന് ഈ ആറ് മന്ത്രങ്ങൾക്കും ഒരു പരസ്പര ബന്ധമുണ്ട് ആദ്യത്തെ മൂന്നെണ്ണം ഒരു സെക്ഷനാണ് രണ്ടാമത് വരുന്ന മൂന്നെണ്ണം വേറെ സെക്ഷൻ അത് മനസ്സിലാക്കണം ആദ്യത്തെ മൂന്നെണ്ണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപാസന കർമ്മങ്ങളുടെ സമുച്ചയം രണ്ടാമത്തെ രണ്ട് ഉപാസനകളുടെ സമുച്ചയം ഈ അത് സമുച്ചയത്തെ പറയുന്നത് ഉഭയം സഹ യഹ എന്നുള്ള പദമാണ് ഉഭയം സഹ രണ്ടും ഒരുമിച്ച് എന്ന് പറയുന്നത് നാലും സമുച്ചയം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് സമുച്ചയം എന്ന് പറയുന്ന ആശയം ഒന്നും ഭാഷകാരം പ്രത്യേകിച്ച് കണ്ടെടുത്ത അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഉഭയം സഹ യഹ വേദ രണ്ടിനെയും ഒരുമിച്ച് ആരാണോ ഉപാസിക്കുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടതാണെന്ന് അറിയുന്നത് എന്ന് പറയുന്നു അതുകൊണ്ടത് ന്ത്രങ്ങളെയും രണ്ടു വിഭാഗങ്ങളായി തിരിച്ച് രണ്ടിനും പറയുന്ന വിഷയങ്ങളെ പ്രത്യേകം മനസ്സിലാക്കി കഴിഞ്ഞാല് ആ സംശയങ്ങളൊക്കെ തീരും ഇവിടുത്തെ ചോദ്യമാണ് പര്മാശ്രമ വ്യവസ്ഥ നിലവിലുണ്ടായിരുന്ന കാലത്ത് ഗ്രഹസ്ഥാശ്രമം കഴിഞ്ഞായിരുന്നു വാനപ്രസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമ കാലത്ത് കർമ്മം ഉപേക്ഷിച്ച് കേവലം ഉപാസന മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഉപനിഷത്ത് മന്ത്രപ്രകാരം കേവലം ഉപാസന ചെയ്യുന്നവർ കൂടുതൽ തമസിലേക്കല്ലേ പോകുക വിശദമാക്കി തരുവാൻ അഭ്യർത്ഥിക്കുന്നു വാനപ്രസ്ഥത്തിനും കേവല ഉപാസന വൈശ്വദേവന്മാരെ ഉപദേശം ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങൾ ബലികൾ ഇതെല്ലാം വാനപ്രസ്ഥാശ്രമിക്കും പറഞ്ഞിട്ടുണ്ട് വാനപ്രസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഉപാസനയെന്നും കർമ്മം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഉപാസനകളോ കർമ്മങ്ങളോ അല്ല വൈദികമായ ഉപാസനകളും കർമ്മങ്ങളുമാണ് വാനപ്രസവം എന്ന് പറയുന്നതും ഭാര്യാസമേതനായി ഇരിക്കുന്ന അവസ്ഥയാണ് ഭാര്യ ഉപേക്ഷിച്ചിട്ടില്ല ഭാര്യ സമേതനായി വാനപ്രസ ആസനമാകാം ഭാര്യ ഉപേക്ഷിച്ചാകാംന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് ഇപ്പൊ ഭാര്യ സമേതനായിരിക്കുമ്പോൾ അവിടെ കർമ്മങ്ങളുണ്ട് ഉപാസനകളുമുണ്ട് പക്ഷെ അഗ്നിഹോത്രം ജ്യോതിഷവും പോലെയുള്ള വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കർമ്മങ്ങളില്ലെന്നേ ഉള്ളൂ വനപ്രസാസനമ കാരണം സമ്പത്തില്ലല്ലോ സമ്പത്തെല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ടാണ് വനപ്രസാസനം സ്വീകരിക്കുന്നത് വനത്തിലാണ് താമസിക്കുന്നത് അപ്പം അവിടെ നിന്ന് ചെയ്യാവുന്ന കർമ്മങ്ങളും ഉപാസനകളും എല്ലാം വനപ്രസാസനമേക്കുണ്ട് സർവകർമ്മത്യാഗം എന്ന് പറയുന്നത് സന്യാസത്തിന് മാത്രമേ വരുന്നൂ അവിടെ ഭാര്യ കൂടെയില്ല അവിടെ ഒറ്റയ്ക്കാണ് ഏകാഗിയായിട്ടാണ് അതുകൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ചുള്ള നാനപ്രസത്തിൽ കർമ്മങ്ങളുണ്ട് പൂർണമായ കർമ്മത്യാഗം അവിടെ വരുന്നില്ല എന്നത് പിന്നെ വേറെ ഒന്നും ഈ ജ്ഞാനം കർമ്മം ഉപാസന പ്രത്യേകം അനുഷ്ഠിക്കണം എന്ന് വിശ്വസിച്ചിരുന്നവരും ഉണ്ടായിരുന്നു അവർക്കും വാനപ്രസവ സന്യാസമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ സന്യാസമെന്ന് പറയുമ്പോൾ ശങ്കരാചാര്യ സന്യാസം മാത്രമല്ല ദേദികൾക്കും വിശിഷ്ട എല്ലാം സന്യാസമുണ്ട് അവരെല്ലാം സന്യാസത്തെ ഈ രീതിയിലല്ല സന്യാസത്തിൽ തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാമെന്ന് കരുതുന്നവരുമുണ്ട് വൈദികമായ കർമ്മങ്ങൾ അപ്പോൾ ഇവിടെ സന്യാസമെന്ന് പറയുന്നത് കൊണ്ട് ശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്ന സന്യാസമാണെങ്കിൽ അവിടെ സന്യാസത്തിൽ കർമ്മമില്ല ഉപാസനയും കർമ്മങ്ങളും സമുച്ചയിച്ച് ആണ് അനുഷ്ഠിക്കേണ്ടത് അത് ഗൃഹസ്ഥാശ്രമത്തിലായാലും ശരി മാനപ്രസത്തിലായാലും ശരി പൂർണ്ണമായ കർമ്മത്യാഗം സന്യാസത്തിലേ ഉള്ളു നമ്മൾ ചർച്ച ചെയ്യുന്നത് ശങ്കരാചാര്യരുടെ ദർശനത്തിന്റെ വെളിച്ചത്തിലാണ് സന്യാസവും വനപ്രസവും കർമ്മവും അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാനപ്രസ്ഥാശ്രമകാലത്ത് കർമ്മം ഉപേക്ഷിച്ച് കേവല ഉപാസനം എന്ന് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല ഭാഗികമായും ശരിയാണ് ഏതവസ്ഥയിലായാലും കേവലമായ കർമ്മം മാത്രം അനുഷ്ഠിക്കാൻ പാടില്ല ഉപാസന കൂടി ചെയ്യണം എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു നമ്മളിപ്പോൾ എല്ലാ വേദങ്ങളും പഠിക്കുന്നു അപ്പോൾ എല്ലാ വേദങ്ങളും പറയുന്ന കർമ്മങ്ങളും ഉപാസനകളും അനുഷ്ഠിക്കുക അങ്ങനെയൊന്നുമല്ല വേദമെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ശാഖകളും നിശ്ചയിച്ചിട്ടുണ്ട് വേദം അധ്യയനം ചെയ്യുന്നവർ വേദാധ്യയനത്തിന് അധികാരികളായിട്ടുള്ളവർ അവർക്ക് അവരവരുടെ ശാഖകൾ അധ്യയനം ചെയ്താൽ മതി അങ്ങനെ അധ്യയനം ചെയ്യുമ്പോൾ ആ ശാഖകളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോ ആ കർമ്മങ്ങളോട് ചേർന്ന് വരുന്ന ഉപാസനകളുണ്ട് ആ ഉപാസനകൾ അനുഷ്ഠിക്കുന്നു അപ്പോൾ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉപാസനയും കർമ്മവുമായിട്ട് ചേർത്ത് അനുഷ്ഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഈ പറയുന്ന കർമ്മങ്ങളും ഉപാസനകളൊന്നും അനുഷ്ഠിക്കുന്നത് പ്രസക്തമാകുന്നുമില്ല അതാത് ശാഖകൾ അധ്യയനം ചെയ്യുന്നവർ കാരണം ഇതൊരു ജീവിതവ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിർദ്ദേശിക്കുന്നതാണ് നമ്മുടെ ഇന്നിതിനെ നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാതെ നമ്മളിതിനൊരു പഠന വിഷയമായിട്ട് കാണുന്നതാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പഠന വിഷയമാണ് ഇത് നിർദ്ദേശിക്കുന്ന കാലത്ത് ഇത് കുറെ വ്യക്തികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോൾ ആ സമൂഹത്തിൽ വേദ അധ്യയനം ചെയ്യുന്ന സമൂഹത്തിൽ പല വിഭാഗങ്ങളുണ്ടായിരുന്നു അതിൽ ഓരോ ശാഖകളിലും അവരവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങളും ഉപാസനകളും വേറെ വേറെയാണ് അത് അവരവരനുഷ്ഠിക്കാനാണ് പറയുന്നത് പിന്നെ സമ്പൂർണമായ വേദം ഒരാൾ പഠിക്കുക അത് ഈ പറയുന്ന എല്ലാ കർമ്മങ്ങളും ഉപാസനകളും അനുഷ്ഠിക്കുക അതൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ആ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെക്കുറിച്ച് ചിന്തിക്ക ഇന്ന് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളോ ഉപാസനകളോ അനുഷ്ഠിക്കുന്നതെങ്കിൽ അത് വേദത്തിൽ നിന്ന് മാറി എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പൌരാണികമായ ഒരു തലത്തിലുള്ളത് അതിൽ തന്നെ ഈ കാലത്തിൽ മാറി വന്നതാണ് നമ്മൾ ഉപാസന എന്ന് പറയുമ്പോൾ ഇന്ന് ദേവതാ ഉപാസനകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു ക്ഷേത്ര ഉപാസന ഇതൊക്കെയായി മാറിക്കഴിഞ്ഞു വൈദിക ഉപാസനകളൊന്നും ഇന്നില്ല ആരും അനുസരിക്കുന്നില്ല വൈദിക മന്ത്രങ്ങൾ ആർക്കും അറിയത്തില്ല വൈദികമായ ഉപാസനകളും ഇല്ല ഇപ്പം ആദ്യത്തിന് ഉപാസിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ വൈദിക ഉപാസന ഇല്ല ചെയ്യുന്നു വേദത്തിൽ എങ്ങനെ ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മൾ സൂര്യനെ നോക്കി തൊഴുന്നു പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും ശ്ലോകങ്ങൾ ചൊല്ലുന്നു പൂജ ചെയ്യുന്നു നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു ഇതൊന്നും വൈദികമായ ആതിഥ്യ ഉപാസന അല്ല അതുകൊണ്ട് ഉപാസനാ കർമ്മങ്ങൾ പറയുമ്പോൾ ആ കാലഘട്ടത്തിനുണ്ടായിരുന്നു ഉപാസന കർമ്മങ്ങൾ അതിനെയാണ് പറയുന്നത് അതുകൊണ്ട് വാനപ്രസാശ്രമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രശ്നം വരുന്നില്ല എന്നാണ് കർമ്മവും ഉപാസനയും അടുത്ത ചോദ്യമാണ് ഒരുമിച്ച് അനുഷ്ഠിക്കണമെന്ന് മുൻപുള്ള മന്ത്രങ്ങളിൽ പറഞ്ഞിട്ട് പിന്നീട് ഉപാസനയെ രണ്ടായി തിരിച്ച് അത് രണ്ടും സമുച്ഛയിക്കാൻ പറയുന്നു അങ്ങനെ ചെയ്താൽ അമൃതത്വം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ കർമ്മമില്ലാതെ കേവല ഉപാസന കൊണ്ട് മാത്രം അമൃതത്വം കിട്ടുമെന്നല്ലേ അർത്ഥമാക്കേണ്ടത് ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതും പറഞ്ഞല്ലോ ഇവിടെ പറയുന്നത് എല്ലാ കർമ്മങ്ങളെയും എല്ലാ ഉപാസനകളെയും സംബന്ധിച്ചല്ല പറയുന്നു ഏതെങ്കിലും ഒരു കർമ്മവും വേദത്തില ഏതെങ്കിലും ഒരു കർമ്മവും ഏതെങ്കിലും ഒരു ഉപാസനയും കൂടെ ഒരുമിച്ച് അനുഷ്ഠിക്കാനും അല്ല പറയുന്നത് കർമ്മപ്രകരണങ്ങളിൽ പറയുന്ന ഉപാസനകളാണ് അതുകൊണ്ടവിടെ ദേവത ഉപാസന എന്ന് പറയുമ്പോൾ വൈദികമായ ഉപാസന അപ്പൊ ആ ഉപാസനയായിട്ട് നമ്മൾ ഹിരണ്യഗർഭ ഉപാസന എടുക്കുന്നു എന്നിരിക്കട്ടെ അപ്പൊ ആ സന്ദർഭത്തിൽ പറയുന്ന കർമ്മവും കാണും ആ കർമ്മവും ആ ഉപാസനയുമായിട്ടാണ് സംശയിക്കേണ്ടത് അപ്പൊ അതിന് പ്രത്യേകമായിട്ട് തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങളും ഉപാസനകളും ഉണ്ട് വൈദികമായ രീതിയിൽ നോക്കുമ്പോൾ ഏതെങ്കിലും വേദത്തിൽ പറയുന്ന ഒരു കർമ്മവും ഏതെങ്കിലും ഒരു ഉപാസനയും കൂടി ചേർത്ത് അനുഷ്ഠിക്കാൻ നോക്കത്തില്ല എന്തുകൊണ്ടത് പറ്റുന്നുണ്ട ഇപ്പൊ വേദം അധ്യയനം ചെയ്യുന്ന ഒരാളിന്റെ വേദശാഖിയിൽ വരുന്ന കർമ്മ ഉപാസനയുമായിട്ട് അനുഷ്ഠിക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ആ കർമ്മ ഉപാസനയെ അനുഷ്ഠിച്ചാണ് അങ്ങനെ ഒരു കർമ്മത്തിന്റെയും ഉപാസനയുടെയും അനുഷ്ഠാനം പ്രാപ്തമായി വരുന്നിടത്താണ് പറയുന്നത് അതിനെ നിങ്ങൾ സമുച്ച അനുഷ്ഠിക്കാം അപ്പോൾ ആ കർമ്മത്തെയും അത് ആദ്യം അത് പ്രസക്തമാകണം അത് പ്രസക്തമാകുന്ന ഭാഗങ്ങളുണ്ട് ജ്യോതിഷോമപ്രകരണം അവിടെ പ്രാണോപാസന വരുന്നുണ്ട് അപ്പോൾ ആ ജ്യോതിഷ്ഠോമത്തിനോടുകൂടി ചേർന്ന് പ്രാണോപാസനയും ഇവിടെ അനുഷ്ഠിക്കാൻ പറയും ഒരുമിച്ച് ആയാഗം അനുഷ്ഠിക്കുന്ന ആണ് അവിടുത്തെ പ്രാണോപാസനയും ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു കർമ്മവും വേറെ ഏതെങ്കിലും ഒരു ഉപാസനയും അവിടെ ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രസക്തമാകുന്നുണ്ട് അപ്പോൾ പ്രസക്തമാകുന്ന ഒന്നിനെയാണ് സമുച്ചയം അനുഷ്ഠിക്കാൻ പറയുന്നത് അപ്പോൾ അവിടെ കർമ്മ ഉപാസന സമുച്ചയം ഇതുപോലെ ഒരേ പ്രകടനത്തിൽ തന്നെ രണ്ട് ഉപാസനകൾ വരും അവിടെ ഹിരണ്യർ ഭാസന വരുന്നു പ്രകൃതി വാസനയുടെയും വരുന്നു ഒരു വേദശാഖി അപ്പോൾ ആ വേദശാഖകൾ നമ്മൾ അധ്യയനം ചെയ്യുന്നില്ല ഏത് കർമ്മമാണ് ഏതു ഉപാസനയാണ് നമുക്ക് തിരിച്ചറിയത്തില്ല അതുകൊണ്ടാണ് നമുക്ക് സംശയം വരുന്നത് അങ്ങനെ വരുന്നിടത്ത് പറയുന്നു ആ രണ്ടുപാസനയുടെയും സംശയം അനുഷ്ഠിക്കാൻ പറയുന്നു ഇത് രണ്ട് പ്രത്യേക സന്ദർഭങ്ങളിലാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ എന്താണ് ഒരു പ്രത്യേക കർമ്മത്തെയും ഒരു പ്രത്യേക ഉപാസനയും കണ്ടുകൊണ്ടാണ് പറയുന്നത് അത് ഒരുമിച്ച് അനുഷ്ഠിക്കാൻ പറയുന്നത് ഇപ്പൊ ബൃഹധാരണിക അത് പറയും അതിന്റെ ആദ്യത്തെ രണ്ട് ഭാഗം രണ്ട് അധ്യായങ്ങളിൽ പ്രവർഗ്യം എന്ന് പറയുന്ന ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസനയെ കുറിച്ച് അപ്പോൾ ആ രണ്ട് അധ്യായങ്ങളിൽ വരുന്ന ഉപാസനകൾ അവിടെ വരുന്ന കർമ്മവുമായിട്ട് അശ്വമേധയാഗത്തിനെ തുടർന്ന് വരുന്ന ഭാഗങ്ങളാണ് അവിടെ വരുന്നത് ചെയ്യാൻ പറയുകയാണ് അവിടെ രണ്ട് ഉപാസനകൾ വന്നു നമ്മൾ പറയുന്നു അതിനെ സമുച്ചയിച്ച് അനുഷ്ഠിക്കുക പ്രത്യേകിച്ച് എല്ലാം അനുഷ്ഠിക്കേണ്ടത് അങ്ങനെയാണ് ഇവിടെ വരുന്നത് അല്ല നമ്മൾ കർമ്മം എന്ന് പറയുമ്പോൾ എല്ലാ കർമ്മങ്ങളും ഉപാസന എന്ന് പറയുമ്പോൾ എല്ലാ ഉപാസനകളും എടുത്തിട്ട് ഇവയെല്ലാം കൂടെ ഒരുമിച്ചനുഷ്ഠിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഇത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ സംശയം അതുകൊണ്ട് കർമ്മ ഉപാസനയും ഒരുമിച്ചനുഷ്ഠിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരേ പ്രകരണത്തിൽ വരുന്ന രണ്ട് ഉപാസനകളെയും വേറെ അനുഷ്ഠിക്കരുത് ഒരുമിച്ച് അനുഷ്ഠിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടും നമ്മുടെ പരസ്പര വിരോധമുണ്ട് അപ്പോൾ കർമ്മവും ഉപാസനയും ഒരുമിച്ചനുഷ്ഠിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് വേദത്തിലുള്ള എല്ലാ കർമ്മങ്ങളും വേദത്തിലുള്ള ഏതെങ്കിലും ഉപാസനകളുമായി ചേർത്ത് എല്ലാവരും അനുഷ്ഠി അനുഷ്ഠിച്ചോണോന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തിരിച്ചത് ഈ സംശയങ്ങൾ വേദത്തിൽ ഉപാസനകളെക്കുറിച്ച് ഒരേ പ്രകടനത്തിൽ വരുന്ന രണ്ട് ഉപാസനകൾ അതിനെ ഒരുമിച്ച് അനുഷ്ഠിക്കുക ഒരേ പ്രകടനത്തിൽ ഒരു കർമ്മവും ഉപാസനയും വന്നാൽ അതിനെ ഒരുമിച്ചനുഷ്ഠിക്കുക അതാ അതിന്റെ അധികാരികൾ എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം അതുകൊണ്ട് സംശയം ന്യായമാണ് പക്ഷെ അത് നമ്മളെപ്പോഴോ ഉദ്ദേശിക്കുന്നത് ഇത് പ്രത്യേക അധികാരികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് പ്രത്യേക ശാഖക്കാർക്കാണ് ഇത് അനുഷ്ഠിക്കേണ്ടി വരുന്നത് ആ അവരുടെ ശാഖയിൽ വരുന്ന കർമ്മങ്ങളും ഉപാസനകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നതെല്ലാം അത് ഒരു ശാഖയിൽ ഒരു കർമ്മത്തിനോട് ചേർന്ന് ചിലപ്പോൾ ഉപാസന വരും എന്നാൽ അത് ഒരുമിച്ച് അനുഷ്ഠിക്കുക ഒരു ശാഖയിൽ രണ്ട് ഉപാസനകൾ വരും എന്നാൽ അതിന് ഒരുമിച്ച് അനുഷ്ഠിക്കുക അതിന് വേറെ അനുഷ്ഠിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ താൽപര്യം പിന്നെ അമൃതത്വം എന്ന് പറഞ്ഞാലും നമ്മൾ മോക്ഷം എന്നുള്ള അർത്ഥം എടുക്കരുത് അതിവിടെ നിർദ്ദേശിക്കുന്ന ഫലങ്ങളാണ് നേരത്തെ കർമ്മ ഉപാസനകളെന്ന് പറഞ്ഞു അപ്പോൾ ആ കർമ്മ ഉപാസനകളിൽ ഹിരണ്യഗർഭ ഉപാസനയാണ് ഒരു കർമ്മത്തോട് ചേർക്കുന്നതെങ്കിൽ ആ ഉപാസനയുടെ ഫലമായിട്ടാണ് ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലം കിട്ടുന്നത് അത് ക്രമമുക്തിക്ക് കാരണമാണതുകൊണ്ടാണ് അതിനെ അമൃതത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം സ്വർഗ്ഗത്തിൽ പോകുന്നതിനെയും അമൃതത്വം എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് വീണ്ടും തിരിച്ചു വരുന്നതാണ് മോക്ഷസ്ഥാനം എല്ലാ നമുക്കറിയാം അതുപോലെയാണ് അമൃതത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ മനുഷ്യ ജന്മം അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവന്റെ ജന്മം എന്ന് പറയുന്നത് ക്ഷണികമാണ് അതിന് എന്താണ് ശതാർവൈ പുരുഷ മനുഷ്യ വർഷമനുസരിച്ച് നൂറ് വർഷമേ ഉള്ളൂ പുരുഷ ആയത് ആ സമയം ഇതിനുപരിയായിട്ടുള്ള എല്ലാ ലോകങ്ങളിലും വളരെ ദീർഘകാലം ജീവിച്ചിരിക്കാൻ പറ്റുന്നുണ്ട് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അനേക യുഗങ്ങൾ മന്യോന്ത്രങ്ങൾ വരെ ജീവിച്ചിരിക്കാമെന്നുള്ള ലോകങ്ങളുണ്ട് അപ്പോൾ അതിനെല്ലാം ഈ മനുഷ്യ ജന്മമായിട്ട് താരതമ്യപ്പെടുത്തി അമൃതത്വം എന്ന് പറയും അത് മോക്ഷം എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെ അപേക്ഷിച്ച് അത് ദീർഘകാലം ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ട് എന്താണ് കർമ്മമില്ലാതെ കേവല ഉപാസന കൊണ്ട് അമൃതത്വം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് ഒരു കർമ്മത്തിന്റെ പ്രകടനത്തിൽ ഒരു ഉപാസനയെ നിർദ്ദേശിച്ചാൽ ആ ഉപാസനയെ വിട്ടിട്ട് കേവലമായ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടത്തില്ല ആ കർമ്മത്തെ വിട്ടിട്ട് കേവലമായ ഉപാസന ചെയ്താലും ഫലമില്ല രണ്ടും കൂടെ അനുഷ്ഠിക്കണം അതാണ് അതിന്റെ താല്പര്യം അതുപോലെ തന്നെ ഒരു പ്രകടനത്തിൽ രണ്ട് ഉപാസനകൾ വന്നുകഴിഞ്ഞാൽ ആ രണ്ടുപാസനകളെയും ഒരുമിച്ച് അനുഷ്ഠിക്കണം എന്നാലേ ഫലമുണ്ടാകത്തുള്ളു പ്രത്യേകം എന്നാണ് ഇതിന്റെ താല്പര്യം അങ്ങനെ മനസ്സിലാകണം പ്രകൃതി ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ ഉപാസനകളും എന്ന് പറയുന്നത് ഉപാസന എന്ന് പറയുന്നത് ധ്യാനമാണ് ധ്യാനത്തിൽ ഉപാസന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ധ്യാനം തന്നെയാണ് ഇവിടെ വേദത്തിൽ ഉപാസന എന്ന് പറയുന്നത് വാചം ധേനും ഉപാസീത ഒരു വാ വാക്കിനെ ധേനുവായി ഉപാസിക്കൂ എന്ന് പറഞ്ഞാൽ വാക്കിനെ ധേനു ആണെന്ന് മനസ്സുകൊണ്ട് ധ്യാനിക്കുക അങ്ങനെ അങ്ങനെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വിശദീകരണങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ബൃഹദാരംശത്തിന്റെ ആദ്യ ഭാഗം എടുത്ത് വായിക്കുക ഉഷാവ അശ്വസ്യം എന്ന് പറഞ്ഞ് ഭാഗം അവിടെ ഒരു അശ്വസമായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ ഭാവന ചെയ്യാണ് സങ്കല്പിക്കുകയാണ് അതൊരുപാസനയാണ് അപ്പൊ അത് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളത് ശ്രവിക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സിനെ അതിൽ തന്നെ നിർത്തുന്നതാണ് ഉപാസന സ്പഷ്ടമാണ് ഒരു കല്ലിനെ എടുത്തു വെച്ചിട്ട് ഇത് ശിവനാണെന്ന് സങ്കല്പിക്കുക ഇതാണ് ഉപാസന എന്ന് പറയും അപ്പൊ മനസ്സുകൊണ്ട് അങ്ങനെ ഭാവന ചെയ്യുന്നു പ്രത്യക്ഷമായി കാണുന്ന കല്ല് പക്ഷെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്ന എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ശ്ലോകത്തിലൂടെയോ അല്ലെങ്കിൽ ഗുരു പറഞ്ഞു തന്ന രീതിയിലോ ഒരു ശിവരൂപത്തെ അവിടെ ഭാവന ചെയ്യുന്നു ഇതാണ് ഉപാസന എന്ന് പറയും അപ്പോൾ മുമ്പി കാണുന്ന കല്ല് അതിനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ നമ്മളെ മനസ്സുകൊണ്ട് വേറൊരു രൂപത്തെ ഭാവന ചെയ്യുന്നു അതിൽ സാളഗ്രാമത്തെ വെച്ചിട്ട് അതിന് വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യുന്നു അല്ലെങ്കിൽ ശ്രീചക്രത്തെ വച്ചിട്ട് അതിൽ പലതരത്തിലുള്ള ഭാവനകൾ ഇതൊക്കെ ഉപാസനകളാണ് ഇത്തരത്തിലുള്ള ഉപാസനകൾ പ്രകൃതിയെ സംബന്ധിച്ചും ചെയ്യുന്നു ഇന്നിപ്പോൾ അങ്ങനെ പ്രകൃതി ഇല്ല ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മനുഷ്യന്റെ ഉപാസനാരീതികളാണ് ശൂന്യരെ ഉപാസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സർവ്വധാരണമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഒരു ശക്തി ആ പ്രകൃതിയെ ഭാവന ചെയ്യുക മനസ്സുകൊണ്ട് അപ്പൊ അത് പ്രകൃതി ഉപാസനയായി ആ പ്രകൃതിയെ നമ്മൾ ഇന്ന് ഭാവന ചെയ്യുന്നതിനെ എന്താണ് ചിന്മയിയായി ഭാവന ചെയ്യുന്നു അപ്പത് ഉപാസനയായി ഇന്നത്തെ പൗരാണികമായ ഉപാസനയായി ദേവി ഉപാസനയായി മറ്റു അവിടെ ആ അങ്ങനെ അല്ലാതെ ഭാവനയുണ്ട് കേവല സാഖ്യന്മാരും മറ്റും പറയുന്നു പ്രകൃതി ജഡമാണോ എന്നിട്ട് ആ പ്രകൃതിയെ ഉപാസിക്കുന്നു അതുപോലെയുള്ള ഭാവനയിലൊക്കെ ഒരു കാലത്ത് ഉപാസിച്ചിരുന്നു ഇന്നത്തരം ഉപാസനകളില്ല ആ ഒരു കാലത്തുള്ള ആ ഉപാസനയാണ് ഇവിടെ സൂചിപ്പിക്കുന്നു അങ്ങനെ ഉപാസന ഉണ്ട് പുരാണങ്ങളിൽ തെളിവുണ്ട് ഈ ഉപാസനയെക്കുറിച്ച് വായു പുരാണത്തിൽ പറയുന്നുണ്ട് ദശമന്വന്താണീഹ തിഷ്ഠന്തീന്ദ്രിയ ചിന്തകാഹ എന്ന തുടങ്ങുന്ന ഒരു ശ്ലോകം ഉണ്ടാവും ഇന്ദ്രിയ ജന്തകന്മാർ ഇന്ദ്രിയങ്ങളെ ഉപാസിക്കുന്നവർ ദശമന്യോന്രങ്ങൾ പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്നു അതിന്റെയൊക്കെ ഫലങ്ങൾ പറയുന്നുണ്ടവിടെ അതിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഉപാസനകൾ മുമ്പ് ഉണ്ടായിരുന്നു ഇന്നില്ല അപ്പോൾ ഇന്ദ്രിയ ഉപാസനയെക്കുറിച്ച് പറയുന്നു ഇന്ന് ആരെങ്കിലും ഇന്ദ്രിയങ്ങളെ ഉപാസിക്കുന്നു ഇല്ലല്ലോ പക്ഷെ അതിനുപാസിക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെയുള്ള ഉപാസനകൾ ഉണ്ടായിരുന്നു ബുദ്ധിയെ ഉപാസിക്കുന്നവരുണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് നിലവിലില്ല അടുത്ത് പറയുന്നത് പ്രകൃതി ഉപാസന എന്താണെന്ന് ദയമായി വിശദീകരിക്കാമോ അത് തന്നെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത് പ്രകൃതി ഉപാസന മാത്രമല്ല മനസ്സിന് ഉപാസിക്കുന്നവര് ഇന്ദ്രിയങ്ങൾ ഉപാസിക്കുന്നവര് ബുദ്ധി ഉപാസിക്കുന്നവര് കുറിച്ചെല്ലാം പറയുന്നുണ്ട് അതിന്റെ ഫലങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അതൊന്നും ഇന്ന് നിലവിലില്ല അതിന്റെ സൂചനകളേ ഉള്ളൂ കഴിഞ്ഞ മന്ത്രത്തിന്റെ സൂക്ഷ്മർത്ഥം ഒന്നുകൂടി വിശദീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു സൂക്ഷ്മർത്ഥമാണ് സൂക്ഷ്മർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആദ്യ സ്ഥൂലാർത്ഥം മനസിലാകണം സ്ഥൂലാർത്ഥം മനസ്സിലായോന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം അത് കഴിഞ്ഞാലും പിന്നെ സൂക്ഷ്മർത്ഥത്തിലേക്ക് പോകാൻ പറ്റും സ്ഥൂലാർത്ഥം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം അത് മനസ്സിലായോ ീ പറഞ്ഞിരിക്കുന്ന അർത്ഥമല്ല ഇതിന്റെ സൂക്ഷ്മർത്ഥം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വയം കണ്ടുപിടിക്കേണ്ടി വരും ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു വൈഷമ്യം അനുഭവപ്പെടും കാരണം വിഷയം പുതിയതായതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത വിഷയം ഇത് തികച്ചും വേദ പശ്ചാത്തലത്തിലുള്ളതാണ് ഈ പറയുന്ന കർമ്മങ്ങളുമായിട്ടോ ഉപാസനകളുമായിട്ടോ നമുക്ക് യാതൊരു ബന്ധവുമില്ല നമുക്ക് കർമ്മങ്ങളെയും ഉപാസനകളെയൊക്കെ പരിചയമുണ്ട് അത് നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടുകളും നമ്മളെ അനുഷ്ഠിക്കുന്നതാണ് ആ പരിചയക്കുറവുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന വിഷയങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് മനസ്സിലാക്കാൻ പക്ഷേ അതിൽ അപ്പൊ പിന്നെ ഇതുകൊണ്ട് നമുക്ക് എന്താ ആവശ്യമെന്ന് ചോദിക്കും ആവശ്യമുണ്ട് കാരണം ഇതിൽ പറയുന്ന കർമ്മങ്ങളുടെയും ഉപാസനകളുടെയും രൂപാന്തരമാണ് നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മാറ്റങ്ങൾ വന്നതാണ് അപ്പം ഇതിന്റെ എല്ലാം മൂല രൂപം ഇതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും അതുകൊണ്ടാണ് നമുക്കിത് ചിന്തിക്കേണ്ടി വരുന്നത് ഇവിടെ പറയുന്ന ജ്ഞാനകർമ്മ ഉപാസന ഉപാസന ഇതെല്ലാം നമ്മൾ ഇന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പം ദേവി ഉപാസന ഇവിടെ പറഞ്ഞ ഉപാസനയുടെ തന്നെ രൂപമാണ് അതിങ്ങനെ പരിണമിച്ച് വന്നതാണ് ആ ഉപാസന അപ്പോൾ ഇതിനിങ്ങനെ ഒരു സൂക്ഷ്മമായ രൂപം ഉണ്ടായിരുന്നു അത് രൂപാന്തരപ്പെട്ടാണ് നമ്മളിന്ന് അങ്ങനെ ഉപാസന പദ്ധതിയിലെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇതിനൊരു ഇതിന്റെ തുടക്കം വേദത്തിൽ നിന്നാണ് എന്നറിയുന്നത് നല്ലതാണ് പക്ഷേ അന്നത്തെ ആ ഉപാസനകളും അന്നത്തെ ആ കർമ്മങ്ങളും നമുക്കിന്ന് അറിയത്തില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം വ്യക്തമായി അറിയത്തില്ല പിന്നെ വേദത്തിൽ ഉള്ള ചില സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതേയുള്ളൂ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഭാഷ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ് അതിനാണ് നമ്മൾ ഭാഷ്യം പഠിക്കുന്നത് ഇതിന്റെ അർത്ഥം ശങ്കരാചാര്യർ കണ്ടെത്തിയ അർത്ഥം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിന്റെ സ്ഥൂലമായ അർത്ഥം അതായത് ഭാഷ്യകാരം പറയുന്ന അർത്ഥത്തെ മനസ്സിലാക്കുക പിന്നെ ഏതെന്തിന്റെയും സൂക്ഷ്മമായ അർത്ഥത്തെ അതിന്റെ താല്പര്യം എന്ന് പറയുന്നത് അത് സ്വയം മനസിലാക്കേണ്ടതാണ് ഏത് കാര്യത്തിന്റെ ഇപ്പൊ നമ്മളൊന്ന് കേൾക്കുന്നു മറ്റൊന്ന് ബോധ്യപ്പെടുന്നു നമ്മൾ കേൾക്കുന്ന ആയിരിക്കും നമുക്ക് ബോധ്യപ്പെടുന്നു അതായത് ഒരേ വിഷയം തന്നെ രണ്ടുപേർ കേൾക്കുമ്പോ രണ്ടു തരത്തിൽ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നു കേൾക്കുന്ന ഒരുപോലെ തന്നെ ബോധ്യപ്പെടുന്നത് വേറെ വേറെ രീതിയിലാണ് അപ്പൊ അതിന്റെ താല്പര്യങ്ങൾ ഗ്രഹിക്കുന്നതന്നെ അവരവരുടെ നിലവാരം അനുസരിച്ചാണ് ഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ എല്ലാം പരമമായ താല്പര്യം അവനവൻ ഗ്രഹിക്കുന്ന ഇപ്പൊ നമ്മൾ ശരിക്കും സൂക്ഷ്മമായി ചിന്തിച്ചു ഓരോരുത്തർക്കും അവരവരുടെ ദർശനമാണ് അവരവരുടെ സിദ്ധാന്തമാണ് ഒരാളിന്റെ ദർശനം ശങ്കരാചാര്യരുടെ അദ്വീതമല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കും ശങ്കരാചാര്യന്റെ അദ്വീതം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യന്റെ കയ്യില് മാത്രമേയുള്ളൂ നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്ന അദ്വീതം നമ്മുടെ സ്വന്തം അദ്വൈതാണ് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് ആ ഭാവത്തിൽ അതേപോലെ വേറൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവനവന്റെ സ്വന്തം നിലയ്ക്കാണ് ഉൾക്കൊള്ളുന്നത് അപ്പൊ അതിൽ കുറെ ഭേദഗതികളെല്ലാം വരും നമ്മൾ ഉൾക്കൊള്ളുന്നത് നമ്മുടെ സ്വന്തം എന്റെ രണ്ടും തമ്മിൽ ചില സമാനതകളുണ്ടായിരിക്കും അത് ശരിയാണ് അതുകൊണ്ടാണ് ഈ അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്ന ഇപ്പൊ ശങ്കരാചാര്യരുടെ എല്ലാവരും ഇതിന് ഒരേ തരത്തിലല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്തുകൊണ്ടങ്ങനെ വന്നിരിക്കുന്നു ഒരേ തരത്തിലല്ല ഉൾക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു ദർശനം ഒരാശയം എന്ന് പറയുന്നു നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നു അതിനെ പിന്നെ നമുക്ക് ശങ്കരാചാര്യരുടെ ദർശനം എന്ന് പറയാൻ പറ്റത്തില്ല എന്റെ ദർശനം നമുക്ക് പറയാൻ പറ്റും ോരുത്തരും അതുകൊണ്ടിതിന്റെ പൂർണമായി പറഞ്ഞിരിക്കുന്ന താല്പര്യം ആണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെന്ന് അങ്ങനെ ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല നമ്മുടെ കഴിവും ബുദ്ധിയും സംസ്കാരം അനുസരിച്ച് നമ്മൾ അതിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നേ പറയാൻ പറ്റൂ അങ്ങനെ ഓരോരുത്തരും മനസ്സിലാക്കുന്നതുമുള്ളൂ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പറഞ്ഞ ഭാഗങ്ങളിൽ വിശദീകരണം വേണമെങ്കിൽ വീണ്ടും ആദ്യം മുതലേ ഒരിക്കൽ കൂടി വിശദീകരിക്കുന്നതിനും എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിന്റെ സൂക്ഷ്മമായ അർത്ഥങ്ങൾ അവരവർ ഗ്രഹിക്കുക ഉൾക്കൊള്ളുന്നത് അവരവരുടെ നിലയിലാണ് പിന്നെ അത് ഞാൻ പൊതുവായ ഇങ്ങനെ പറയുന്നു അപ്പൊ ഇതിൽ ഏത് ഭാഗമാണ് മനസ്സിലായത് ഏത് ഭാഗമാണ് മനസ്സിലാകാത്തത് ഏത് ഞാൻ വിശദീകരിച്ചത് ഏത് ഭാഗമാണ് വിശദീകരിക്കാൻ വിട്ടുപോയെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല അപ്പം മനസ്സിലാക്കാത്ത ഭാഗങ്ങൾ ഇതുപോലെ പ്രത്യേകം ചോദിച്ചാൽ ആ ഭാഗം വിശദീകരിക്കാം ഇന്ന ഭാഗം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് ചോദ്യം കൊണ്ട് ആവശ്യം വരുന്നു അപ്പോൾ ആ ഭാഗം പല ഭാഗങ്ങളും ചിലപ്പം വിശദീകരിക്കുമ്പോൾ വിട്ടുപോയെന്നിരിക്കും ചിലപ്പോൾ ചില ഭാഗങ്ങളെ കുറിച്ച് ഞാൻ തന്നെ ചിന്തിക്കാത്ത ഭാഗങ്ങൾ കാണും ചോദ്യം വരുമ്പോഴായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഏത് ഭാഗങ്ങളാണ് നമുക്ക് വ്യക്തമാകാത്തത് എന്ന് പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം വിശദീകരിക്കാം അങ്ങനെ ചെയ്യാം പൊതുവ് വലിയ പ്രയോജനമുണ്ട് കാരണം അത് തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടി വരും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല ഇതിന് ഭാഗം വ്യക്തമാകുന്നില്ല ശങ്കരാചാര്യ പറഞ്ഞ ഏത് പദത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല ഏത് ആശയമാണ് നമുക്ക് വ്യക്തമാകാതെ ആ ഭാഗം ചോദിക്കുക പ്രത്യേകിച്ച് നിഷ്കർഷിച്ച് ആ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗം ഒരുപാട് വിശദീകരിക്കാം ഏതെങ്കിലും പറഞ്ഞ ഭാഗങ്ങളിൽ പരസ്പര വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ അതിൽ പറഞ്ഞ ഭാഗവും പിന്നീട് വരുന്ന ഭാഗമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ട് അത് ഏത് ഭാഗത്താണ് അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കണം എന്നാൽ ആ ഭാഗം വിശദീകരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വിഷയം ഞാൻ ചിന്തിക്കാത്ത എനിക്കും അത് ചിന്തിക്കുന്നതിന് സഹായമായിരിക്കും സർവജ്ഞനായിട്ടിരുന്നുകൊണ്ടല്ല ഞാനിവിടെ പ്രസംഗം നടത്തുന്നത് അതുകൊണ്ട് അത് ഏത് ഭാഗമാണെന്നുള്ളത് വ്യക്തമാക്കാം ഏത് ഭാഗം മനസ്സിലായിത് ഇനി ഒന്നും മനസ്സിലായിത് ഏത് ഭാഗമൊന്നും പറയാൻ പറ്റാത്ത ഒരു മനസിലാകാനാണെങ്കിലും അതൊന്നും മനസ്സിലാകാത്തതാണ് ശരി അങ്ങനെയാണെങ്കിൽ ആദ്യം പോലെ വീണ്ടും തുടങ്ങാം ഒന്നും കുഴപ്പമില്ല കാരണം ഇതിൻ്റെ ഒരു പ്രയോജനം വരണമല്ലോ ഈ മൂന്നും മൂന്നും ആറ് മന്ത്രങ്ങൾ ഈ ആറ് മന്ത്രങ്ങളിൽ പറയുന്ന വിഷയങ്ങൾ ഇവയുടെ പരസ്പര ബന്ധം ഇതിന്റെ സാദൃശ്യം തർക്കശാസ്ത്രത്തിൽ പറയും സാധർമ്യ വൈധർമ്മ്യ വിചാരം തർക്കത്തിൽ പറയുന്നത് അതുപോലെ രണ്ട് വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സാധർമ്മ്യ വൈധർമ്മ്യം എന്തിലെല്ലാം സമാനതകളുണ്ട് എന്തിലെല്ലാം സമാനതകളില്ലാതെ ആ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ആ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവും അതിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാം അതുകൊണ്ട് ഏതാണ് എന്ന് വ്യക്തമായി ചോദിക്കുക ഇന്ന ഭാഗം ഇന്ന മന്ത്രം അല്ലെങ്കിൽ ഇന്ന ആശയം അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാം അപ്പൊ ഇതെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും മറക്കാതെ മനസ്സിലിരിക്കണം ഇത് പത്തോ ആയിരോ വർഷങ്ങൾക്ക് മുമ്പുള്ള കർമ്മങ്ങളെയും ഉപാസനകളെയും കുറിച്ച് പറയുന്നതാണ് ആ കർമ്മങ്ങളും ഉപാസനകളും നമുക്ക് പരിചയമില്ല എന്നാലാണ് നമുക്കത് പരിചയമുണ്ട് അത് പരിണമിച്ച് നമ്മുടെ മുമ്പിൽ വന്ന രൂപത്തിൽ ഉണ്ട് നമ്മളിത് മനസ്സിലാക്കുമ്പോൾ അത് വിധം തമ്മിലുള്ള ഒരു ബന്ധമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആ കർമ്മങ്ങളും ഉപാസനകളും നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് വരുന്ന പ്രയാസങ്ങൾ അത് നമ്മൾ സഹിച്ചേ പറ്റും അതിന് ആ പ്രയാസങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പൊ ഇത് മനസ്സിലാകാത്തത് കൊണ്ട് ഈ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാതാക്കൾ ഇന്നുള്ള വ്യാഖ്യാതാക്കൾ ചെയ്യുന്നത് ഇത് പറയുന്ന കർമ്മങ്ങൾ ഇത് വായിച്ചുപോകുമ്പോൾ ഇതിൽ പറയുന്ന എന്താണ് കർമ്മം എന്താണ് സംഭൂതി എന്താണ് അസംഭൂതി എന്താണ് വിദ്യ എന്താണ് വിദ്യ ഇതൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാകാത്തത് കൊണ്ട് സ്വയം കൽപ്പിക്കുകയാണ് ഈ വൈദികമായ പശ്ചാത്തലത്തിൽ വിട്ടിട്ട് അവനവന്റെ കൽപ്പന കൽപ്പിച്ചിട്ട് അവരവർക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞ് വ്യഖ്യാനിക്കുകയാണ് എന്നിട്ട് അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് ഞാൻ കൽപ്പിച്ചതാണ് ഇതിന്റെ താല്പര്യം പക്ഷെ ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ ചെയ്യുന്നതിനോട് എന്തായാലും പത്തായിരം മുമ്പ് വർഷം മുമ്പ് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്ന ആചാരസാമിതിനോട് കുറച്ചുകൂടി അടുത്തു കുന്നയാളായിരിക്കും ഈ വൈദിക കർമ്മങ്ങളോടും ധർമ്മങ്ങളോടും നമ്മളെക്കാൾ കൂടുതൽ അടുത്തുകുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നമ്മളെക്കാൾ അടുത്തെറിഞ്ഞാളെന്നുള്ള നിലയ്ക്ക് അത്തരം പ്രാചീനന്മാരായ ആചാര്യന്മാരുടെ അർത്ഥത്തെ അവലംബിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം അതാണ് കുറച്ചുകൂടി നല്ലത് അല്ലാതെ നമ്മുടെ വെറും കല്പനകൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയുള്ള നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുള്ള കൽപ്പനകൾ അതിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ അത് വായിക്കുക അത് പഠിക്കുക അതാണ് നിന്ന് കരുത് അത് ശരിയായ രീതിയല്ല അതുകൊണ്ടാണ് വേദം ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ ശങ്കരഭാഷ്യത്തോടുകൂടി തന്നെ പഠിക്കണമെന്നു പോലും കൂടുതൽ ശരി നമ്മളെക്കാളും അവരുടെ പക്ഷത്തായിരിക്കും നമുക്കത് സ്വീകാര്യമാണോ അല്ലയോ അത് രണ്ടാമത്തെ ഭക്ഷണം നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാമോ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശങ്കരാചാര്യ അതല്ല പറഞ്ഞത് എന്ന് പറയുന്നത് അർത്ഥമല്ല അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം എനിക്ക് കഴിയത്തില്ല അതുകൊണ്ട് എന്റെ സന്യാസമാണ് യഥാർത്ഥ സന്യാസം എന്നും മറ്റൊരാളെ ധരിപ്പിക്കുന്നത് ശരിയല്ല ഇതാണ് ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം എന്ന് പറയുന്നേ അർത്ഥമില്ല അപ്പം അവിടെ ആർജവത്തോടു കൂടി നമ്മൾ സമ്മതിക്കുക ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസം ഇതാണ് ആ സന്യാസം എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എന്റെ സന്യാസം ഇതാണ് എന്ന് പറയുന്നതാണ് ശരിയെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് അതാണ് എന്റെ ശരിയായിട്ടുള്ള വഴി എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ആ രീതിയിലാണ് ഇതിനെ കാണുന്നതും വ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ മുഖ്യമായി വേണ്ടത് ആർജകമാണ് ആർജകത്തോടുകൂടി ഇതിനെ സമീപിക്കും അപ്പോൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങൾ ഇത് ചിലപ്പോൾ ഇതൊന്നും ഇതിലെ ചില ഭാഗങ്ങൾ നമ്മളെ മഹത്വപ്പെടുത്തിയില്ലെന്നും വരും വേണ്ട നമ്മുടെ കുറ്റമാണ് ഇതിന്റെ കുറവല്ല ഇതെല്ലാം ഉപയോഗിച്ച് ഇപ്പം എനിക്ക് എന്നെ മഹത്വപ്പെടുത്തണമെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും കാരണം നമുക്ക് ഫിറ്റല്ലാത്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്തോ കാലം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം കൊണ്ടോ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പലതും ഇതിനകത്തുണ്ട് അപ്പൊ അതിനെ അതിന്റെ രീതിയിൽ മനസ്സിലാക്കി അത് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് മുഖ്യമായിട്ടുള്ളത് ശങ്കരാചാര്യൻ എന്ത് പറഞ്ഞു അത് മനസ്സിലാക്കും അത് നമ്മൾ തീരുമാനം വിടുന്നു എന്റെ ജോലി എന്ന് പറയുന്നത് ശങ്കരാചാര്യരെ എന്താണ് പറഞ്ഞത് അതിനെ അതേപടി വ്യക്തമാക്കി തരിക അത് ശരിയാണോ തെറ്റാണോ അതിന്ന് പ്രായോഗികമാണോ അല്ലയോ ന്യായമാണോ അല്ലയോ അത് കേൾക്കുന്നവർ തീരുമാനിച്ചോളൂ അവരവരുടെ അതിനനുസരിച്ച് അപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞെന്താണെന്ന് ഞാൻ മനസിലാക്കിയ രീതിയിൽ വിശദീകരിക്കുക അതിന് അല്പവും വെള്ളം ചേർക്കരുത് എന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ എന്തോ അതുപോലെ അതിന് എന്തെങ്കിലും ഒരു ഭാഗം വരുമ്പോൾ ശങ്കരാചാര്യരെ രക്ഷിക്കാനും ഞാൻ ശ്രമിക്കാറില്ല ശങ്കരാചാര്യൊന്ന് രക്ഷിച്ചേ കാരണം പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് ശരിയല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ജനാധിപത്യത്തിൽ അതുകൊണ്ട് ശങ്കരാചാര്യം ഒന്ന് രക്ഷിക്കണം അങ്ങനെയുള്ളൊരു അങ്ങനെയൊന്നും ഇല്ല ഞാൻ രക്ഷിച്ചാൽ രക്ഷിക്കപ്പെടുന്ന ആളല്ല ശങ്കരാചാര്യരെന്നെനിക്ക് ഉത്തമവിശ്വാസം അതുകൊണ്ട് അങ്ങനെ ഒരിടത്തും ശങ്കരാചാര്യെ രക്ഷിക്കാനും ഞാൻ ശ്രമിക്കാറില്ല കാരണം ശങ്കരാചാര്യരുടെ പല കാഴ്ചപ്പാടുകളും ഇന്ന് വിമർശന വിധേയമാണ് പ്പോ ആ വിമർശനങ്ങളിൽ നിന്ന് ശങ്കരാചാര്യെ രക്ഷിക്കുന്നു അങ്ങനെ ഒരു ബാധ്യത എനിക്ക് അദ്ദേഹമായിട്ടില്ല ആരുമായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ഇതിനെ വ്യാഖ്യാനിക്കാറില്ല ഞാൻ പറയുന്നതിപ്പോൾ ചാതുർപർണ്ണിയത്തിന്റെ കാര്യം തന്നെ ചാതുർവർണ്ണീയം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന അതിലാണ് ദർശനത്തെ ഉറപ്പിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളുണ്ട് അതിന് ന്യൂനതകളുണ്ടായിരിക്കും പോരായ്മകളുണ്ടായിരിക്കും അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശങ്കരാചാര്യ സമ്മാനം പറയട്ടെ അത് പറയേണ്ട ബാധ്യത എനിക്കില്ല പക്ഷെ അത് എന്താണ് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ പറയും അത് പിന്നെ അവരെയൊന്നും രക്ഷിക്കാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ ശിക്ഷിക്കാനും പോകുന്നില്ല അതിനൊന്നും നമുക്ക് അതിനൊന്നുമുള്ള ശേഷിയില്ല മനസ്സിലാക്കി കാര്യം പറയും ആ ഒരു ജോലി മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് അത് കഴിയുന്നത്ര ആർജവത്തോടുകൂടി ഈ വിഷയത്തെ ഇതിനോട് നമ്മളൊരാർജ്ജവം പുലർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ അർത്ഥമാണോ ഒരു ദർശനത്തോട് ഒരു തത്വശാസ്ത്രത്തോട് അതിനെ സത്യസന്ധമായി സമീപിക്കുകയും വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ അർത്ഥമാണോ ഇങ്ങനെ ഒരു ജീവിതത്തിന് യാതൊരു അർത്ഥം അതിന് പിന്നെ കെടുത്തൃം കാണിക്കുക അത് അങ്ങനെയല്ല പറഞ്ഞ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കുക നമ്മുടെ ചെറിയ ബുദ്ധിക്കാനുസരിച്ച അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ആരെങ്കിലും രക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ല ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം ശങ്കരാചാര്യർ പല അംഗീകരിച്ച വ്യവസ്ഥകളോ സാമൂഹ്യ വ്യവസ്ഥയോ ചിലപ്പോൾ ശരിയല്ലായിരിക്കും അത് ശരിയല്ലെങ്കിൽ അതിനെ ശരിയാക്കുന്നവരത് ശരിയാക്കിക്കോട്ടെ അത് നമ്മുടെ ഒരു വിഷയമല്ല നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുക അതിനെ സത്യസന്ധമായ രീതിയിൽ ആ കാര്യങ്ങളെ നോക്കിക്കാണുക മനസ്സിലാക്കുക അവതരിപ്പിക്കുക അതാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യെന്ത് പറഞ്ഞു അതാണ് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്റേതായ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഞാനത് പ്രത്യേകം പറയും എനിക്ക് ഇങ്ങനെയാ തോന്നുന്നതാണ് അത് ശങ്കരാചാര്യടേതായിട്ട് ഞാൻ പറയത്തില്ല എന്റേതായ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് ആചാര്യസ്വാമികളുടെ അഭിപ്രായമായിട്ട് ഞാൻ ഒരിക്കലും അവതരിപ്പിക്കത്തില്ല ആചാര്യസ്വാമികളെന്ത് പറഞ്ഞു അത് മനസ്സിലാവും അതുകൊണ്ട് ഈ പറയുന്ന ആറ് മന്ത്രങ്ങളുടെയും മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കുക അരവിന്ദ് മഹർഷിയുടെ ഉണ്ട് വിനോബാജിയുടെ വ്യഖ്യാനമുണ്ട് മറ്റ് ദ്വീത വിശിഷ്ട അവരുടെയൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട് നോക്കുക അവിടെയെല്ലാം ഓരോ അവരവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അത് അതാത് നിന്ന് മനസ്സിലാക്കുക അതുമായിട്ട് വേണമെങ്കിൽ നമുക്ക് താരതമ്യം പഠനം ചെയ്യാം ഏതാണ് കൂടുതൽ ശരി ഏതാണ് കൂടുതൽ തെറ്റ് എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഇതാണ് പിന്നെ ശങ്കരാചാര്യരുടെ അഭിപ്രായത്തോട് പിന്നെ ഉള്ള ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ട് നമ്മൾക്ക് ചിലപ്പോൾ അത് അവ്യുക്തമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകാത്ത കൊണ്ടാണ് മനസ്സിലാകുന്ന ഭാഗത്ത് വ്യക്തതയുണ്ട് വളരെ വ്യക്തത വളരെ വ്യക്തമായിട്ട കാര്യങ്ങൾ പറയുന്നു ആ വ്യക്തത പല ഭാഗത്തും മറ്റുള്ളവരിൽ കാണുന്നില്ല വിദേവത്തിന്റെ തന്നെ ദ്വൈത ഭാഷ്യം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതുപോലെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും ധൈര്യകളെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷെ പല ഭാഗങ്ങളും വ്യക്തമല്ല രാമാനുജന്റെ ഭാഷയെടുത്ത് നോക്കിക്കഴിഞ്ഞാല് അവിടെ വ്യക്തമല്ല കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല നമുക്ക് പല സംശയങ്ങളും വരുന്നു അവിടെ ആ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിച്ചു കഴിഞ്ഞത്ര അത് ഇതിനോടെന്ത് ആത്മാർത്ഥ കാണിക്കുന്നു അതേ ആത്മാർത്ഥത്തോടുകൂടി തന്നെ അതിനെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും ശ്രമിച്ചാലും അവിടെ അവ്യക്തതകളുണ്ട് അതുകൊണ്ടാണ് അത്തരം ഭാഷങ്ങൾക്ക് പിൻകാലത്ത് പ്രചാരം കിട്ടാത്തത് പക്ഷേ ശങ്കരാചാര്യ ഭാഷയത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല അത് കൂടുതൽ വ്യക്തമാണ് പറയുന്ന കാര്യങ്ങൾ വളരെ യുക്തിയുക്തമായി സമർത്ഥിക്കും അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു ഭാഷ വ്യാഖ്യാനിച്ചാലും നമുക്ക് ഇത്രയും വലിയ വ്യക്തത ആകെ കിട്ടാൻ ചാൻസ് പിന്നെ നമുക്ക് വരുന്ന സംശയം ഇത് പറയുന്ന പല പദങ്ങളും സംഭൂതി അസംഭൂതി വിദ്യ വിദ്യ നമ്മൾ കേട്ട് ഇരിക്കുന്ന അർത്ഥങ്ങളല്ല ഇവിടെ പറയുന്നത് അപ്പൊ ഈ അർത്ഥങ്ങൾ ശങ്കരാചാര്യർ ഈ ഒരു വ്യാഖ്യാനത്തിന് വേണ്ടി ഈ അർത്ഥങ്ങൾ കണ്ടുപിടിച്ചാണോ സംശയം വരും അതല്ല കാരണം ഈ പറയുന്ന മിക്കവാറും എല്ലാ അർത്ഥങ്ങളും നിരുത്തത്തിന്റെ പിൻബലമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഉപനിഷത്ത് ഭാഗങ്ങളിൽ ഇതേ അർത്ഥത്തിൽ ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സംഭൂതി ശബ്ദത്തിനും വിനോദയും മറ്റും വേദത്തിൽ തന്നെ മറ്റു പ്രകടനങ്ങളിൽ നിന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ അതിനുമൊക്കെ ഒരു സാങ്കത്യം ഉണ്ട് എന്നാൽ തന്നെ ഈ ആചാര്യസ്വാമികളുടെ ഭാഷയത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് ഈ ശബ്ദങ്ങൾക്കെല്ലാം മറ്റു പനിഷത് ഭാഗങ്ങളിൽ ഈ അർത്ഥത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ വിനാശം അസംഭൂതി ഇതൊക്കെ ഈ പറയുന്ന അർത്ഥ വരത്ത കരുതി പറയുന്നുണ്ട് മൃത്യു സ്വാഭാവിക കർമ്മമാണ് മൃത്യോർമ്മ അമൃതം ഗമയ അവിടെയൊക്കെ ശബ്ദത്തിന് ഇതുപോലെയുള്ള അർത്ഥം വരുന്നുണ്ട് അവിടെ അത് വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വ്യക്തത അതാണ് ഇതിൽ കൂടുതലായി കാണുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ആറ് മന്ത്രങ്ങൾ നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക എന്നിട്ട് അതിലിന്ന ഭാഗം മനസ്സിലായിട്ടില്ല കൂടുതൽ വ്യക്തമാക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ആവശ്യപ്പെടുക അടുത്ത ക്ലാസ്സിന് ഞാൻ ആ ഭാഗങ്ങൾ വ്യക്തമായി വിശദീകരിക്കാം എന്തായാലും നമ്മൾ ഈ ഈശാവാസി വരുഷത്ത് പഠിച്ചിട്ട് ഈ ഭാഗങ്ങൾ മനസ്സിലാകാതിരിക്കരുത് മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ള ഒരാൾ ഇത് മനസ്സിലാകാതെ വരരുത് അതുകൊണ്ട് ഇതിനെ ചർച്ച ചെയ്തിട്ട് ആറ് മന്ത്രങ്ങളും മൂന്ന് മൂന്ന് രണ്ടായി തിരിച്ചു വരും ആദ്യത്തെ മൂന്നും രണ്ടാമത്തെ മൂന്നും ചർച്ച ചെയ്ത് ഏത് ഭാഗമാണോ നമുക്ക് മനസ്സിലാകാത്തത് ആവശ്യപ്പെട്ടാൽ അത് അടുത്ത് വരുന്ന ആ സംശയങ്ങൾ ദൂരീകരിക്കാം